ല്ലേ ബഹത്ത് അപ്പൊ ബഹട്ടിന്റെ സ്ഥലം ബഹട്ടു പറഞ്ഞാൽ ആഴത്തിൽ കുഴിച്ചുപോലീറ്റ് കടച്ച് വയ്ക്കുക അപ്പം മബാഹിസ് എന്നുള്ള ജമു മബത്താ മബത്ത് ഔഹി ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയാണ് ആഴത്തിൽ കത്തിപ്പെടുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി കളിച്ചു പോരുന്ന ബഹുവാസ്മക്കാൻ മബത് എന്നിസ്മക്കാൻ പ്രയോഗം ിഫിന്റെ സോഫിയത്തിന്റെ അഹബാനെ സംബന്ധിച്ചും അവരുടെ സംബന്ധിച്ചും ആരത്തിൽ ചർച്ച ചെയ്യുവാനുള്ള ഒരു വേദിയാക്കി മാറ്റിയത് കൊണ്ട് മബരായി അത് അടിസ്ഥാനപരമായ ചർച്ച ചെയ്തുകൊണ്ട് അല്ലിയാന്ന് പേരുമായി يقول رحمه الله ورين وبعد ما فصلت هذا الكتاب فصولاً خمسةً ماذا؟ قلنا وصارح أبل تلك الفصولي آفصل آف. لكذا كأيرا كأيراً كأيراً چندسة ربوئي بعد قطعه أنه مريكا فتا ينشاشاً موسولاً نقول تشارجو أندك يترى تلبهدن لنت جواهره أدن متغرأت <متلقى متلقى> بنياً قوتو في سلكين أقده أدن أكثر دل قوتو ജവാഹിർഹി ജവാഹിറു ഹോന്നുണ്ടാ വേണ്ട ജവാഹിറോറി അതിന്റെ ഫസലുകളാകുന്ന ജൌഹുകളും അതിന്റെ തർജുമുണ്ടല്ലോ ഹെജിങ് ഹെജിങ് പറഞ്ഞ അതിന്റെ ജവാസൂലത്തം ഒരറ്റ നൂരിൽ കൊടുക്കപ്പെട്ട സാധനമായി പേരിട്ടു ഹീ നൈദിൻ അൽ മബാഹിത്ത എന്ന് പേരിട്ടു എന്ന പേര് വരാൻ കാരണം എന്താ തബു ഹുസോലി തരീക്ക മബാഹിദ് എന്ന പേരിനാണ് ഇത് പറഞ്ഞത് അസിയെന്ന് പറഞ്ഞില്ലേ അതിനാണ് അന്നുസോലി തരീഖ തരീഖത്തിന്റെ സൂര്യകളോ തൊട്ട് ചർച്ച ചെയ്യുന്നു തീർട്ടത് പിന്നെ അതിന്റെ മബുനകളെ തരിക്ക് തഹസീക്കാക്കുകയും ചെയ്യും എന്താ തരീക്കെന്ന് പറഞ്ഞാൽ وهذه الطريقة هي طريقة الصوفية تحقيق الله الله هذا نعم للتوضيح تبحث وتحققه نحن تحقيقها بصولة ملت بقرم نعم نعم نعم وهذه الطريقة عندها هي طريقة الصوفية وهي الموضوع لكيفية تهديب القلوب وتصفيتها من الرضائر وتحديتها بالفلائن تتحيأ بذلك لمعرفة الهقي تعالى المعرفة الهقيقية التي هي معرفة الحيان بطريق الضوء والمجدان أدى هذا جهد وصور فرعا لدارها من المجد وانتظر وهي أدى الموضوءة حد ما اكبرت وطريقة من جهد عبشة لكيفية تهذيب القلوب قلوب رمضها كانت تهذيبها كن. അതിനുള്ള വൈകല്യങ്ങളൊക്കെ തീർത്ത് അതിന്റെ വളമ്പന്തിരിപ്പള്ളം തീർത്ത് എല്ലാം മുസ്തഖിലുമായി അടിച്ചു വരുത്തുന്നുണ്ടോ അതാണ് തകദീം അതിൽ പറ്റാത്ത എന്താ തള്ളിക്കളയാ ഒരുക്കി വൃത്തിയാക്കിയിട്ട് അപ്പൊ തസ്മി എത്തി ആ തഹദീമിന്റെ രണ്ട് രീതികളാണ് ആ തകദീബ് രണ്ടു ദിനമുണ്ട് എന്തല്ലോ തഹദിയെത്തുകൊണ്ട് തഹലിയെത്തൂ രണ്ടവിടെ കൂടുമ്പോ എന്താ തകദീം തഹരീബ് എന്ന് പറഞ്ഞത് അത് പാകപ്പെടുത്തലേ പാകപ്പെടുന്ന രണ്ടു നേരെയുണ്ട് ഒന്ന് മറ്റൊന്ന് തഹലിയത്ത് നമ്മൾ നൂറക്കണക്കിനാ ഒന്നിച്ച് മറ്റാടുത്ത് പറഞ്ഞു തഹലിയത്ത് എന്ന് പറഞ്ഞാൽ ആവിശ്യാതെല്ലാം കളയലി തഹലിയത്ത് വേണ്ട എല്ലാം നോർത്തലി അപ്പൊ അതിന്റെ രണ്ട് രീതി അതെന്തിനാണ് ആക്കുന്നതിങ്ങനെ ഈ കൊരൂപകൾ ഒരിക്കറോ സജ്ജമാക്കാൻ വേണ്ടി എന്തിനാടിക്ക ഇത് മുഖേന ഈ തകദീപ് മുഖേന വേണ്ടി അത് മാരിപ്പ് ഇങ്ങനെല്ലാം വേണാ മരിപ്പ് ഇട്ടാ ഇത്ര അല്ലെ നിങ്ങൾ കയറിപ്പത്ത് പോകൊണ്ടു പോകാറുണ്ട് നല്ല ഇഷ്ടത്തിലായുള്ള കരിയൊക്കെ വേറെ ഉണ്ട് തകീതിന്റെ കരിയൊക്കെ ഉണ്ട് മൂന്നുണ്ട് തക്കരീദിനാണെങ്കിലൊന്നും വേണ്ട നിങ്ങൾ അറിയുന്നിട്ട് ആ സമയനാ വാർത്തയിനാക്കി നിങ്ങനെ തല ഇങ്ങനെ മതി ആ ആ ശരി ശരി ഇങ്ങനെ പറഞ്ഞു കൊടുത്താ എന്താണോ പറഞ്ഞാല് ശരി തക്കരീദാക്കാൻ അത്ര അല്ലേ വേണ്ട പക്ഷെ തക്കരീദ് വെറ്റൂല അഖീദ തഖ്രീദല്ല ഇർക്കല്ലം അങ്കല്ലഗതി തൗഹീദി ഈമാനോലം യത്തു അന്തരദീദീദല്ല ഓർക്കണം താനെ ഇതിന്റെ വിഷയത്തിൽ എന്താക്കി തഖ്രീദ ആക്കിയാണ് ഈമാൻ തർദീദാണ് എപ്പോൾ ഈ പോകും സംശയം ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട്ൈ ഞാൻ പറുവോ അതുകൊണ്ട് നഫ്സവറി ഇപ്പോത്തന്നെ ഈതങ്ങള് വരു നമ്മൾ താരമാറാകും അതോടൊപ്പം തന്നെ ഇമാമീൻ എടുക്കറു വന്നിമാ ഈമാനൻവ മുക്തലഫതിയാ ഈമാൻ വടായി അപ്പോൾ തഖ്രീദിന്റെ മാർഗം പോയി പിന്നെ നല്ല ഇഷ്ടത്തിലാരാണ് പിന്നെ നമ്മു ഗാന്ധി ചർച്ചിനെപ്പോ ബുദ്ധി വിനിയോഗിച്ചിട്ട് ഇഷ്ടത്തിലാൽ തെളിവിൽ നിന്ന് കണ്ടു കടന്നുപോയിക്കോളാം അതിനാധ്വാനം പാണ്ട അതിന് ബുദ്ധി ചെലവാക്കിയേ വേണ്ടു അതേ അവസരത്തിൽ അയ്യാന്ന് പറഞ്ഞ തെരീക്കെട്ടണം അതെന്തേണ്ടോക്ക അതാണ് തെറ്റുപറ്റാത്ത മറ്റേന്ത മുഖല്ല എത്രത്തോളം തെറ്റുപറ്റിയോ അത്രണ്ടാവും ഞങ്ങൾ ഇഷ്ടരാജ് ചെയ്യുന്ന അവസരത്തിൽ ലറ്റലിൽ എവിടെയും പാളിച്ച് വെച്ച വരകൂടി അങ്ങോട്ട് പോകും അതൊക്കെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുമായി പോകില്ല കുറച്ചവരെ ആലമേക്ക് ഞങ്ങൾ ഇസ്തു ചെയ്ത ആലമൊക്കെ അധികം കിട്ടിയത് വേറെ സൃഷ്ടാവ് വേണ്ടാതെ കിട്ടീനുസ്ഥാപിച്ചിട്ടുണ്ട് വേറെ തുടങ്ങുമ്പോൾ തന്നെ സൃഷ്ടാവ് വാങ്ങും കിട്ടിയിട്ടുണ്ട് അപ്പൊ നിരീക്ഷണവാദിക്കൂടെ ഞണത് മറ്റോ മറ്റൊന്ന് പാളി تتواتت هذه البطاقات اذن هي هذه بطوله يا انا اريد انا اريد بطوله العيان ان ابي طريقه توقيب الوجدان ذيكل قولي اؤصدق لهن حقا جكي نقام تقليدم بوئي استدلالم بوئي على الاثر اذن الاول واليمان نبه الله تعالى على طرائقه على هذه النعته الشريفة على طرائقه على ان رجاء البراهين حقيقه متوقف على ارباع ما لم من الدقائق احدها ان الايمان متعقد بالبرهان المتعيذ بالمكاشفه والعيان و معناها تقليد نيته الا متعقد بالبرهان ونحن ندرس الدراسه دريغني ثاني مرتبه نيته الان طريقه فلسيه تام المتعيذ بالمكاشفه والعيان ابي ذو اي علم اليقين بوي اين اليقين عقل اليقين نيته له بر حق اليقين كان انا موضوع اي تفريض الذهني تم الدراسه النقوله ارسيته എന്നുള്ള ഈ പേര് എഴുന്ന അതിന് ഇസ്ലാഫിന്റെ നല്ല വെല്ലുവിളി അന്നവും പിടിച്ചെന്ന് വെച്ചോ ബാക്കി എന്താ തള്ളിക്കളയാ എന്തുകൊണ്ട് ഈ തസവൂസിന്റെ അടിത്തറക്കുന്ന അല തസീപിന്റെ മുകളിലാണ് തഹദീബിൾക്കൊന്നുപോലെ നടക്കുന്നത് و ايذ هي اشاره ادلكه اشاره تاكيد بقوله تخاصوا في الصوفيه و تلافوا وكلهم قالوا قولا غير معروفين ناطقه استلافاي صوفيينเด વિશેதிகள் ನೆಟಿ ವಖತಲوا اورತರಫಾತೆ ವಕಲ್ಲሁಂ اورವತ್ತರಂ قالوا قولا غير معروفين ವಖತ ಅವರು ಗೌರು ಬರಿ ಸೊಪದಿ ನೆಟಿ ಸ್ೂಪಿನ ನೆಟಿ ಎಂಗಲ ವರ್ನಾಲ್ಲ ಎಲ್ಲ ಮಾತಾಡಿಸಾಡಾನೆ ಇರಾನುಂಟು സൂപ്പെന്ന് കുടിച്ചിങ്ങനെ സൂപ്പിയായി വാപിന്ന് കിട്ടിയിട്ടില്ല റൈറൊക്കിയാസാന്ന മറുപടി ക്യാസ്പോ പിന്നെ ഗൈറൊക്കിയാസ് ഇങ്ങനെ റൈറൊക്കെയാസയാണെങ്കിൽ വാതിലായ താഴെ പിടിച്ചിട്ടില്ലേ ഗൈവെന്ന് പറയാണെങ്കിൽ എങ്ങനെ പിടിച്ചാലും സൂപ്പ് എന്ന് പറഞ്ഞാൽ ആട്ടിന്റെ രോ ആട്ടിന്റെ രോമം ഇവറായിട്ട് എന്താ അത് തെരുമ്പോഴം തിരിച്ചു എന്നാ പിന്നെ വെള്ളക്കുപ്പാലോ സൂപ്പിയാവൂല അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അറിവ് ലാസ്റ്റ് കുടുങ്ങിയുള്ളൂ സഫാരി കുടിച്ചു കുറച്ചൂടാം അതുകൊണ്ട് വാണ സ്വാമനാഹോ ആദൽ ഇസ്മൈറഫാതാ സഫാഫ സ്വഫിയ ഹത്താ സംനിയ സൂഫി നീ പേ ഞാൻ കൊടുക്കൂല ഖൈറഫാത ഒരു ഫതാത്തല്ല അങ്ങേ ദസ്തഫാതാ സഫാ അദ്ദേഹം خالക്കിനോള്ള ആമലത്തിലും خالക്കിന മുആമലത്തിലും എല്ലാം ശുദ്ധമായി വെച്ചു വെച്ചു വാമലത്ത് രണ്ട്ണ്ട് വാമലത്തുൽ ഖൽത് ഉണ്ട് അവനെ നോക്കി ഒരു വലപ്പുമില്ല ശരിയായ രീതിയിൽ അങ്ങനത്തെ പെരുമാറ്റം ആർക്കും അതിനെ പറ്റിയൊരു ആശയമില്ലാത്ത രീതിയിൽ ശരിയായിട്ടോട് കൂടിയിട്ട് നല്ല ആ നിലത്താണ് കാരുക്കുമായിട്ടുള്ള പെരുമാറ്റത്തിനുമുള്ള മുസാഫാത്ത് അപ്പൊ അപ്പൊന്തായി സൂഫിയ അങ്ങനെ ഇങ്ങോട്ട് മുസാഫാത്ത് എനിക്ക് വന്ന് കുടിക്കൂടി അല്ലാണ്ട് മുസാഫാത്ത് ഇങ്ങോട്ടാ വന്നത് അപ്പൊ സോഫിയെന്ന മാധ്യവാജോട് അനുവദിച്ചു അങ്ങനെ സോഫി സോഫിയ സോഫിയ മാധ്യവാജുണ്ടായി സൂഫിന്നുള്ള പേര് വന്നു സാഫ അപ്പൊ അയാൾ വലിയ ഹിനായിരുന്നു ഇപ്പൊ ഇതൊക്കെ വന്നപ്പോൾ എല്ലാ ജനവാദി കാറിലേക്ക് എത്തിയത് അതേപോലെ തരത്ത് ഇയാൾ ആദ്യം ഒന്നില്ലാത്ത ആളായിരുന്നു ഇപ്പൊ ഭയങ്കര മാലികയും ബിൽഡിങ്ങും കാറും കാറും എല്ലാ കാറും മൊബൈൽ ഫോണ് അറിയേ ആയ്ക്കു മാറുമ്പോന്ന് അഭിതം സംഭാദിച്ചിരിക്കുന്നു മനസ്സിലാവും അത് സാധിക്കാതെ സൂപ്പിയാവില്ല ഇനക്ക് കാറിലേക്ക് മടങ്ങണം വയതില്ല ബാധല്ല വലിയ ഇജ്ജത്തല്ലീലായിട്ട് മാറണം നമ്മൾ ഇന്ന് കാണുന്നതിന് നേരെ എതിരായിട്ട അനുഭവം സുഹൃത്തിന് ശേഷം അപ്പൊ ഹഫിയാണ് ഇത്ര കാലം സുഹൃത്തില്ലാത്ത സുഹൃത്തേറിയിച്ചാതാണ് അപ്പൊ സാധിക്കാൻ സൂപ്പിയായിട്ടില്ല എല്ലാം ചന്ത ചന്ത ഉണ്ടല്ലോ അസിങ്ങനെ ല്ലേദി സോഫി സോഫി എന്ന് പറഞ്ഞ കൂടാണ്ട് കഴിയൂല്ല നാല് അക്ഷരണ്ട് അതിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ വസ്തുരേക്ക് ആ സൂചിപ്പിക്കുന്നു അമ്പാനുട്ടില് അത് നാല് വർഷത്തിലേക്ക് ആ സൂചന എന്നാൽ നമ്മൾ പണ്ട് പറഞ്ഞ് ദാരിദ്ര്യ ഫക്കീർ അല്ല ഉദ്ദേശിക്കുന്നു ഫക്കീറാണോ സോഫിയാണോ ബലുതെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ലാസടത്തി സൊഫിയാ വിദുന്നല്ലേ മുസാവിയാന്ന് മൊഞ്ഞിർക്കുന്നേ വസനികൻ്റെ വലാമ സൊഫിയ മുസഖം മുസാവിയം അബന്തഗൗൻ ഫൽ പാഉ ഫനാഹു വൻകാഫ് ഖുർബഹു വൻജാഉ യഖീനുഹു വറാവു റഹ്മതഹു വറഫ്തൂന വടപോറന്നോ ബില്ലാഹി തൗഫീഖ് തുംമ ദആ അലൈമ നവരിയകാ ഇന്ന മുസന്നഫ റബിയല്ലാഹി വ ദുആ ചെയ്യുകയാണ് ഇമാം ഖറാ കിതാബഹു ബർ കിതാബൗദന്നാക്ക് നമുക്കതുയർക്കുന്നു അതുവാ കഴഞ്ഞോട്ടു أجب فتك كيف؟ عو طالأه وذفاران جيناكم عو شرهه وذشره جيناكم وعضي افتكد كماله وعضي المنبي كتابا عن افتكا بي جيناكم الله رفقه رو لون يحمل الله روح وقالوا يا رفقنا فقال مسنب برين فحي يا رب انضاء حياها وذكه يوم متى ذكاها فحي റബ്ബെ നീ തഹ്യത്ത് നൽകിയോട് ആര്ക്ക് തഹ്യത്ത് ഇംബാൻ ഒരു മനുഷ്യക്ക് എങ്ങനത്തെ മനുഷ്യൻ എന്റെ ഈ കിതാബിന്റെ സ്വാഗതം ചെയ്ത ആളാരുണ്ടോ അവർക്ക് നീ തഹ്യത്ത് നൽകിയ പരിശുദ്ധനാക്കി വേണം ജൌമൻ എപ്പോഴും മത്താ ദക്കാഹ ഈ കിതാബിനെ എത്രത്തോളം ആക്കി വിൽക്കുന്നവോ അത്രത്തോളം അവനെ നീ ദത്താക്കണേന്ന് മുസന്നിഫിൻ ധാരണ കമൂലാക്കിയെങ്കിൽ നമുക്ക് നമ്മളോടും ോ അല്ലേ ഹയ്യി അപ്പൊയത്തു ഹയ്യി എന്ന് പറഞ്ഞ തഹ്യത്തുണ്ടല്ലോ അത് അഫ്സിൽ ധിത്തോല ഹയാ കാലകാലം ജീവിക്കട്ടെ എന്നർത്ഥത്തിനാണ് ദ്വായ കാലത്തിൽ അറബിയതായിരുന്ന ഇതാലു കബീരൻ വലിയ ഒരാളെ കണ്ടാൽ ഇത് പറയും അയാക്കന്ന് സുമ്മിന്നെന്താക്കൂരായി അവിടുത്തെ അപ്പൊ അസ്ലാം ഹലേക്കും എന്ന് പറയുന്നത് എന്താ ഇപ്പൊ തഹയ്യം കൊടുക്കും ഇസ്ലാം ഇസ്ലാമിന്റെ ഹലുക മാത്രമല്ലോന്നിണ്ടല്ലോ എന്നാണ് അതെന്താ ആ തസ്കീത്ത ശുദ്ധീകരണം വളർത്തിയെടുക്കൽ ഉയർന്ന സ്ഥാനം കൊടുക്കൽ മൂന്നുണ്ട് അപ്പൊ മുസല്ലിഫിന്റെ ദ്വാരം മൂന്നിനും പറ്റൂന്ന ശുദ്ധിയാക്കുന്ന അർത്ഥം കൊടുക്ക വളർത്തു അർത്ഥം കൊടുക്ക സ്ഥാനം ഉയർത്തുക എന്ന് അർത്ഥം കൊടുക്കും ഒന്ന് വന്ദിച്ചു വെച്ച് സ്ഥാനം Lutheran, ും ചെയ്തോണി പിന്നെ അല്ലേറുഹു ആ മനുഷ്യനെ തഹീറാക്കണം ധനനിൽ അഞ്ചു കോരങ്ങളും ദുനോബിന്റെ ധനസിനെ തൊട്ട് ആരിക്കും താഴെ വർഷഭക്താർക്ക് ദുനോബിനെ തൊട്ട് രക്ഷപ്പെടുത്തണം ദുനോബ് അല്ലെങ്കിൽ കഴിഞ്ഞാൽ രണ്ടാവും ചെല്ലറെ പോരായ്മകൾ എന്തെങ്കിലും വലിയ സാധനങ്ങൾ നോക്കാമിന് ഒക്കാത്തത് അതാണ് ഇത് ധനനിൽ അയോബിനെ തൊട്ട് രക്ഷപ്പെടുത്തണം വന കുറ്റപ്പെടുത്താനൊന്നും ഉണ്ടാവില്ല പാസിക്കുന്നല്ല പക്ഷെ എന്നാലും ചില പോരായിരുന്നു പോലെ അതേ തൊട്ടു പിന്നെ അവൾ അങ്ങോട്ട് പെട്ട കപിസ് ഹിസ്ലിന്റെ പൊടി എന്ന് വച്ചാൽ അക്കലും ആ അക്കലും ബസ്സിൽ ഒത്തും പ്രവർത്തിക്കുന്നതിന് പറമ്പ ഹിസ്ത് ചിലപ്പോഴത്തേക്കും വിൽച്ചു വയ്ക്കുമല്ലോ അതിനെ തൊട്ടു അപ്പൊ ഷുഗോറിന് നിലവിലും റൈനലറിയാറ് അന്നാത്ത മറ്റുള്ള റൈലന്റെ ആ കലർപ്പ് നുൽമസുൽ അഖാനും അപ്പൊ അക്ബാന്റെ ഗുരുമത്തിൽ എത്തണം മുക്കംബിയിലേക്ക് എത്തണം എന്നാണുണ്ട് അപ്പൊ ഷുഹോദിന്റെ ആരാ മക്കാമിലേക്ക് എത്തിച്ചു എല്ലാ തൊട്ടും ശ്രദ്ധയിക്കുവോ അപ്പൊ അഞ്ച് മക്കാമ് പടിപടിയാക്കറയരുത് ധനസ് ഉൽ നജൂബ് അല്ല ധനു ദനൂബ് നജൂബ് അബസുൽ ഹിസ്ആാർ ഗുൽമത്തുല്ലഹ്വാൻ എല്ലാത്തിനെ തുടർന്ന് തത്ഹീർ അയക്കള എല്ലാ മക്കാമിനും പറ്റൂ അതെങ്ങനെ തജ്ഞാക്ക് തത്ഹീർ ആ തത്ഹീർ പുതുക്കിക്കൊണ്ടേ വേണം അതായപ്പോ ജർമ്മം മതാകാരാണോന്ന് കൈതുകൊടുത്തല്ല അപ്പൊ മത്താളതക്ക ആ കിതാബന് നമ്മളെ കിതാബിന് എത്രത്തോത്താക്കുന്നുവോ അതിന്റെ പിഴവ് തീർത്തിട്ടും നമുനോക്കിട്ടും അർത്ഥം കൊടുത്തിട്ടോ അതെല്ലാം ഈ കൗലിഹി എന്നൊക്കെ കൗലുണ്ട് അവിൽ അമലി മാഫി അല്ലെങ്കിൽ ഇതിനനുസരിച്ച് അമൽ ചെയ്തിട്ട് അവിൽ തനായി അല്ലെങ്കിൽ അതിനൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് അവിൽ അതിന്റെ കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ട് മക്കളുക്കാണ് ഷെയ്ഖാ റബിയൻ യുറോപ്പി അഹാബുബിഹാദൻ കിതാബ് മോപ്പറ മുനീതന്മാർ തൃദയത്തിൽ ഈ കിതാബ് ഉഗേഞ്ഞ തറവീത്താക്കരുത് من الكتاب ونألو أما البكعان الغزباني رضي الله عنه يربي أصحابه بالشريسية رايس الشريسي لله إذا ما بدا من باطن حالة الزجر فمعذوب إلا من غميمينه البذين ورن ركابطنا له الهيشتان أصحابه شريسي بالهيشتان وفرد أذكر مجيدا مارا صفاء رب الله سيطان عدد أطباق الله وفرد جذبين على الله ولكن من يلعن ده كتابي لهذا من الله عنه ما يلعن دواء كليا നമുക്ക് രണ്ടും പാവം എന്നാൽ അൽ മബാഹിത്താണ് അറിയത് ഒരു അഹരിൽ കൊലോ അഹലൽക്കുലോ പിന്നെ കൂടുതൽ ഫായ കിട്ടുന്ന ഓരോ നല്ല രസവും തൃപ്തിയും ഉണ്ടല്ലോ അത് കൂടുതലുള്ളതായിരിക്കാം ഇതിലാണ് നീ മബായിത്തിന് പിന്നെ മക്സോതിലേക്ക് പ്രവേശിക്കുന്നു അടുത്ത് ഇത്തവണ ഓന്നിക്കുക ഇനി വലിയൊരു കാലത്ത് നോക്കുക ഒന്നും ഉണ്ടാവില്ല അൽ ഫുൽ നമ്പലോ ഒന്നാമത്തെ ഫസുൽ നിന്റെ ഈ പ്രായത്തിലൊന്നും നമ്മക്കിങ്ങിതാനുള്ള കേക്കലോ എല്ലാ ഇരിക്കുമ്പോൾ പറയും അയ്യാന്നെല്ലാം പറ കേക്ക ഒന്നില്ലെങ്കില് ആ സാധനം എന്താണ് ഇപ്പൊ പറഞ്ഞുള്ള മറുമോനി നമ്മ ആശ്ന കുറച്ചുകൂടെ കിതാബ് ബോധിച്ച് ഒന്നും വെച്ചാൽ മതി ഈ സാധനം പറയുന്നേക്കുന്നില്ല അതിനുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെറിയ പുലറായ കാലത്ത് ഒമനം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു മത്താനായി നടന്നൊരു കാലുണ്ടേ അപ്പൊ കുറച്ച് തിരക്കുള്ള കണ്ട ആരും ഇങ്ങനത്തെ സംഭവിച്ചു ശരി പറഞ്ഞോളിച്ചാൽ എന്റെ കല്ല് വേദിയാകാൻ പോയി കുറഞ്ഞു അങ്ങനെ കപ്പിളിപ്പള്ളിയിൽ ഒരു മുലർത്തിയിരിക്കുന്നത് അമ്മത്തുകാരൻ തന്നെ അയാൾ മാങ്കുടത്ത കൊണ്ടുപോയിട്ട് ഇന്നോ നമ്മളെ മേമതല്ല അമ്മ തന്നെ പത്തോലത്ത അൻമതെ ചെയ്തിട്ടില്ല മാങ്കടത്തോടെ എല്ലാം ഇല്ലാതാണ് രാവിലൊക്കെ ചായയും കുടിച്ച് വന്നിട്ട് പള്ളിയിൽ നിന്ന് കുറെ ഇരുന്ന് ഓടി ചെല്ലിട്ട് ഹലാക്ക് എല്ലാം ഓന്നിട്ട് ഇങ്ങനെ രാവിലെ ഒരു കുടുത്തു പറഞ്ഞു അസലിഹി ഒന്നാമത്തെ ഫസല് അസല് പറയല അപ്പൊ ഈ അസലെങ്ങനെയാ പറയല് അസല് പറയും രണ്ട് തരം ഉണ്ടെന്നു എങ്ങനെ പൊലത്തോ ലിഖു അസലിഹിയും ബിൻജിഹത്തെയും അസല് പറയും രണ്ട് വിധമുണ്ട് അനുഭവങ്ങളിൽ കൂടി ഇങ്ങോട്ട് പറയാം ഇന്നതാണ് മറ്റൊന്ന് ദലീലിന്റെ അടിസ്ഥാനത്തിൽ പറയാം വാര്യെ കുറിച്ചുള്ള ഖുർഹാനുണ്ട് ഹദീഫിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഖുർഹാന്റെ ഹദീസിൽ ഈ സാധനമുണ്ടെന്നും അങ്ങനെ രണ്ടു നേരത്തെ തവണ കൊടുക്കരുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും ഹത്താലജിതുൽ മുങ്കിറു പിന്നെ ഒരു മുൻകിറായ മനുഷ്യന് കിട്ടൂല മസാലൻ ഒന്ന് പിന്നൊന്നും പറയാനുണ്ടാവില്ല ഒന്ന് സ്വന്തം അനുഭവങ്ങൾ പറയാ മറ്റൊന്ന് ചെറിയ അടിസ്ഥാനത്തിൽ പറയാം വളത്താഴിനോ കുറ്റം പറയുന്നവർക്ക് സാധിക്കൂല സീഹി ആ കുറ്റം പറഞ്ഞ വിഷയത്തിൽ മസാലൻ ഒരു പഴുതും കിട്ടൂല അപ്പൊ രണ്ടു ചേർക്കെന്താക്കും അവർ അശ്രു പറഞ്ഞു അപ്പൊ ആദ്യ നേതാ പറയുന്നത് വക്കദ് ആദ്യത്തിനാണ് ഊപ്പറം ഒന്തിച്ചു പറയുന്നത് എതിന് ദൗക്കിതാ അതിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കുന്നത് പിന്നെന്താക്കും ഉള്ള ഹനീഫേഗോ കാട്ടിലിപ്പള്ളത് ഇങ്ങനെ കാട്ടിക്കൂടുന്നു രണ്ടാം ഫസ്റ്റിലല്ല നമ്മ ഫൊന്നിലേ ഉള്ളത് ഒന്നാമത്തെ ഫസ്റ്റ് അസുര പറയലാണെന്നാ പറഞ്ഞത് അത്തന്നെ ഈ എവിടെ നിന്ന് കിട്ടി എന്താണ് എന്താണ് എന്തെല്ലാം ഒരു ചർച്ച ചെയ്യണ്ടേ അതിൽ രണ്ട് തരത്തിൽ പറയും ഒന്ന് ദൌക് വിചിതാൻ എന്നാ സ്വന്തം ആസ്വദിച്ച സ്വയം അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാ മറ്റൊന്ന് ഷെറൈന്റെ ദരീലുകൾ നിരത്തിയിട്ട് ആദ്യത്തോളം അതീത്തോളം നിരത്തി വെച്ചുകൊണ്ട് പറയാ അതാ അപ്പൊ ഏതിനാ മുൻഗണ ആദ്യം കൊടുത്തത് ദൗക്ക് ബിജുതാൻ അതാണ് അത് പോലീസ് നോക്കിയാൽ ഷെറീൽ കുറവാനാണ് പക്ഷെ ഇവിടെ പോലീസൊക്കെ അല്ലല്ലോ ഇത് കൂടി വരണ്ടേ നൂബ്ര ആസൂദിച്ച ബി സോഫിയാനല്ലാണ് സക്കാല ദി നൂബ്ര എന്ന വഅലം മി അൻ ഹാദിഹി തരീഖ മഹത്തുന്ന അലി തതീതിരി ലാതീഖ വലം നി ഹർജനം ബി അൻ ഹാദിഹി തരീഖ നമ്മളുടെ ഈ തരീഖ രഹ തരീഖത്തു സോഫിയാ വഹ്സ് വദാനത്തിനുള്ള ഒരു കടച്ചു നോക്കലാണ് ക്ഷ്യത്തിൽത്തുന്നത് വരെ കളിച്ചു ഉൽനനം ചെയ്യലെന്ന് പറഞ്ഞില്ലേപ്പാ അതാ എന്തിനൊട്ട് എന്തിനേക്കത്തിന് പറഞ്ഞാല് തഹത്തേക്കെന്ന പറയാതെ രണ്ടു മൂന്ന് കാര്യത്തിന് പറയലുണ്ട് ഒന്ന് ഒരു മസല പറയാ ആ മസല പറഞ്ഞിട്ട് ആ ആ ഒരു ഹുക്കുമ്പ് പറഞ്ഞതിന് ശേഷം ആ ഹുക്കമ്മിന് ആവശ്യമായ രേഖ കൊണ്ടെടുത്ത് തഹത്തേക്കു അതിലേഖ സ്ഥാപിക്കണം ഒരു ദേവ ഒരു ബാലം ആ ബാലത്തിന്റെ തെളിവായിക്കൊണ്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ തെളിവ് ഉദ്ധരിക്കുന്നെന്ന് പറയും തഹത്തയിക്കുന്ന പ്രയോഗമുണ്ട് മറ്റൊന്നുണ്ട് തത്തീക്കിന്റെ മുഖാബേല തെഹത്തേക്കുന്നോട്ടുന്നുണ്ട് എന്താ തസ്തിക്ക് നിങ്ങൾ പറഞ്ഞ വാർത്ത ഞാൻ അംഗീകരിച്ചു ആദ്യം അംഗീകരിച്ചതിന് ശേഷം എന്താക്കും ആ ദിനപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഞാൻ അന്വേഷണം നടത്തി നിങ്ങൾ പറഞ്ഞതിന് ഉറപ്പുവരുത്തുക പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അപ്പൊ തസ്തിക്കിനുടം എന്താക്കും തഹത്തേക്ക് ഉണ്ടാകും ഒരു മകരൻ നബീസ് അതീവം ആ അവസരത്തിൽ എന്ത് സംഭവം ഉണ്ടാകൂന്ന് എന്താക്കി അതീച്ച് പറയുമ്പോൾ നാം തസ്തിക ആക്കി വെച്ചു ആ പറഞ്ഞ ഡേറ്റാമ്പ തങ്ങൾ പറഞ്ഞ പുലർച്ചെ കാത്തിരിക്കരുത് പറഞ്ഞപ്പോ അപ്പറഞ്ഞത് കഹത്തേക്കാണ് എന്തിനെന്താക്കും അതിനെ ബോധ്യപ്പെടുത്തരുതെന്നും അറും പറഞ്ഞത് കഹത്തേക്ക് എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് പോറമ്പോണീസോണ്ട് കാര്യങ്ങളും ഒപ്പിക്കാതെ എന്താക്കും ആരത്തിലിറങ്ങിയിട്ട് അതിനെ സാക്ഷാത്കരിക്കുന്നുണ്ടാ യാഥാർത്ഥ ബോധത്തിലേക്ക് തിരിച്ചേരുന്നു കൊണ്ടൊന്നും മതിയാക്കാതെ കണ്ട് ആ കാഴ്ചയോടുകൂടി ഉയർത്തിട്ട് അതിനെ ബോധ്യപ്പെട്ടു കാര്യാക്കി വെക്കലുണ്ടല്ലോ ആ തെഹക്കൻ ഈ മൂന്നാമത് പോകുന്ന തെഹറ്റൈക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാക്ഷാത്കരിക്കൽ എന്നുവെച്ചാൽ പുറം പോളെ ഇച്ചോണ്ടൊന്നും തീർക്കാതെ കണ്ട് കാര്യം യാഥാർത്ഥ്യവൽക്കിരിക്കൽ എന്ന് പറയാ എന്തിനെ അൽഹത്തിന് എന്താ അൽഹ മനുഷ്യ നിർമ്മാണത്താൻ കൊടുത്ത ഒരു അൽഹുണ്ട് ആ ഹട്ടൈക്കത്തിലേക്ക് എത്തിച്ചേരലാണ് വിടാപരവമായ ലക്ഷ്യം അതിനപ്പുറം വേറെ ലക്ഷ്യമില്ല എന്തിനാ ആകാശവും ഈ സൂര്യനെ തന്നോ ഇങ്ങനെ സംവിധാനം ചെയ്ത് എല്ലാം നോക്കിയാലും മനുഷ്യ ജീവിതത്തിന്റെ ബന്ധപ്പെട്ടുകൊണ്ടാണ് കാണുന്നത് മുഴുവനും മഴ പെയ്യും അരിക്ക് മലത്തിനെന്തിനാ മഴ മലയത്തിന് മഴ വേണ്ട എന്തിനാ മനുഷ്യർക്ക് തിന്നാനും പാഴെടുക്കാനും എല്ലാം മനുഷ്യന്റെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടാകും ഓരോരും കാണുന്ന മനുഷ്യന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പൊ മനുഷ്യനാണ് ഈ ലോകത്ത് മക്സൂദായ ഒരു സാധനം അപ്പൊ മനുഷ്യൻ എന്തിനാ ഇതൊക്കെ തന്നിട്ടിങ്ങനെ ജീവിച്ചിട്ടിങ്ങനെ താട്ടോ മുടിയേറ്റം എന്നാ അതില്ല ജീവിതം രക്ഷയറ്റില്ല അപ്പൊ ഈ ജീവിതം ഇങ്ങനെ ആക്കി വെച്ച മനുഷ്യ ജീവിതം അതിന് ഹൈറ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊറേ അമ്പ്യാക്കളയച്ചു കിതാബ് ഇറക്കി അമ്പ്യാള് ത്യാഗം ഭരിച്ചു മദർസിനുണ്ടാക്കി പുത്രുണ്ടാക്കി ദിവസുണ്ടാക്കി ഇമാമികൾ കിതാബ് ഉണ്ടാക്കി എന്തെല്ലാം എന്തെല്ലാം എത്ര പാട് ഊർജ്ജന്റെ എത്ര പാട് ചെലവാ നീലുണ്ടായിട്ടുള്ളത് ഈ ചെലവെല്ലാം മധുരത്തിൽ ലക്ഷ്യം പാണ്ട് എന്തിനാന്ന് പാടുവരെ എത്ര ആണ് ബുദ്ധി വർക്കിയതിന് ഒരു കിതാബ് ഉണ്ടായിത്തീരുന്നു എത്രത്താളം മത്സ്യം ഒഴുകിയിട്ടുണ്ടാവുന്ന എത്ര സമയം പിടിച്ചിട്ടുണ്ടാവും എത്ര രണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും ഈ അധ്വാനത്തിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ടല്ലോ ആ പരമമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിനനുസന്ധിച്ചെ പറഞ്ഞു മറ്റൊന്നാണ് അതും പർസണൽ ആദ്യമാണ് മക്സൂദിലേക്ക് എത്തി എന്താക്കും മുഷാഹദന്ത അവിടെയാണ് വന്ന അമൃതയെത്തിച്ചിരുന്നത് ആ ഹഹേതത്തിലേക്ക് എത്തിച്ചേരാൻ അതെന്താക്കണം സാക്ഷാത്കരിക്കണം തെഹദീകരണം അതൊരു കൊർമോണിസൈഡ് വിട്ടാ പോരാ പോലേക്ക് എത്തണം അതിലേക്കെത്താൻ ഇവിടെ എന്താണ് തടസ്സം എന്താണ് പോംവഴി ഇവിടെ എന്തുകൊണ്ടെത്തുന്നില്ല എത്തി ഇവരെന്തുകൊണ്ടെത്തിച്ചേർന്നു ഇതെല്ലാം ചെയ്യാനാണ് വിഭാഷ്യത് എന്ന് പറഞ്ഞ സാധനം അപ്പൊ മനുഷ്യനെ എത്തിച്ചേരുവാനുള്ള പരമമായി ലക്ഷ്യമാകുന്ന അൽഹക്കൈക്കത്തിനെ താറ്റേക്കാക്കാൻ വേണ്ടി നമ്മൾ ഈ വിഷയത്തിൽ ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞത് അത് දිනම් අපදින හකීතන සත්‍යකරවක් වේලා කියවියා ලාමු මුතාජියකම් බඩි අපත හකීතිනේ තහකීකාකල් කුල්තු අල්බහතු අල්බහතු බහතුන් නාලිතහකීතිනා අප බහතුන් වරන දහුව තෆසිස් උරසාබනම් චෙක්ින් කරනවා නාලතල් අල චෙක්ින් කරන ජෝ කාද බහත අන් කලා එන වරන දිනින් පහස අදිනපට ජාලතල් තොරි එරි ഗവേഷണം നടത്തിന ബഹട്ടഫി ഭൂമിയിൽ കിളച്ചു നോക്കീന്ന എന്ന് അർത്ഥം അഹബൽ കുറാബ അതിനുള്ള മണ്ണെല്ലാം നീക്കം ചെയ്തു തോന്നും ഖനനം ചെയ്യൽ എന്ന് പറഞ്ഞില്ല പിന്നുള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ അത് അർത്ഥം തോന്നും തഹച്ചേക്ക് ഏതാ തഹത്തേക്ക് അൻ ബഹത്തും അനി അ തഹത്തേക്കെന്ന് പറഞ്ഞാൽ ഇതറാ കുറ സാധനം അതിന്റെ ആഴത്തിന് അതിന്റെ മുരടിൽ നിന്ന് എന്റെ സാധനം കൈമ കിട്ടലിനാണ് തഹത്തെന്ന് പറയുന്നത് അപ്പൊ പുറത്തുള്ള കണ്ടത് കൊണ്ട് മാത്രം അറിയാപോലെ തനി നിറം തിരിട്ടെ ആ സാധനത്തിന്റെ അസിൽ അതിന്റെ അതിന്റെ ഉണ്ണടമ എന്ന് പറയും പഴയകാലത്ത് അതിന്റെ തനിമ എന്ന് പറഞ്ഞു അതിനാണ് ഹത്തേ ഉണ്ടാകുന്നത് പോലത്തെ തനിമ അപ്പൊ ഇവിടെ ഇൻസാന്റെ ഹബീകത്തും എന്ന് പറഞ്ഞാൽ മാഹിത്വവും മാതത്വവും മനുഷ്യൻ മനുഷ്യനാക്കി തീർക്കുന്ന സാധനം എന്താണോ അതെ ഹബിക്കത്തുൽ ഇൻസാൻ എന്ന് പറയാറുണ്ട് ഇതെല്ലാടത്തോഫിയ സോഫിയക്കൾ ഇസ്ലാഹ് പ്രകാരം ഈ ഹബക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിലേ ഫു തീർത്തു മനുഹർക്കോൺ ഇതാ പദ്ധതി ബയാനി ആക്കണം കൌനാകുന്ന മനുഹറിന തൊട്ട് സൗനിന്റെ നിത ഇനെ കളയുക എന്താണ് പറഞ്ഞത് എന്താ കൗനി കൗന് എന്ന് പറഞ്ഞ അമ്മാവ് പൊടച്ച് വെച്ച പടപ്പ് കേൾക്കണം എന്തോ അതിന് കൗൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയ സാധനം അന്നു മുക്കബിൻ എന്ന് പറയാം അസ്മലുസ് വാരി താക്കിയില്ലെങ്കിലും അരനോണ്ട് പറയും മുക്കബ്ബിൻ ആ മുക്കാംബിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീർന്ന സാധനത്തിൽ എന്ത് പറയും കൌൻ എന്ന് പറയും അപ്പൊ ആകാശം കൌനിയന്താ കൗന മനുഷ്യൻ കൗൻകൂന്ന് കൗ ഉണ്ടാക്കലിനാൽ ഉണ്ടായിത്തീർന്ന സാധനങ്ങൾ ണ്ടായിത്തീർന്ന സാധനങ്ങൾ അതിന് പരിപാടി എന്താണ് മധുഹ് എന്ന് പറയും എന്തുകൊണ്ടാണ് ഓരോ സാധനത്തിനും ആ സാധനത്തിന്റെ താത്തല്ല നമുക്ക് ആവശ്യം അതിൽ മൃഗങ്ങളിൽ കൂടി നിങ്ങൾക്കൊരുപാട് കാര്യം ഉൾക്കൊള്ളാനുണ്ട് ഇബ്രഹാംസം മനസ്സിന് ഉൾക്കൊള്ളാനുള്ള കാര്യം തടുക്കിട്ടെന്ന് ഇനി പുറത്തൊന്നും അറിയില്ല മനസ്സിന് ഉൾക്കൊള്ളാനുള്ള ചില അതിന്റെ ഇടയിൽ കൂടി ചാണകത്തിന്റെ നജാസത്വില്ല രക്തത്തിന്റെ നജാസത്വം ഇല്ല ചാണകത്തിന്റെ വാസനയും ഇല്ല പിന്നെ ചോറിന്റെ കളറില്ലാതെ കണ്ട് ഈ രണ്ടിന്റെയും പ്രകൃതിക്ക് വിരുദ്ധമായിക്കൊണ്ടുള്ള ലബനൻ പാല് നല്ല കളറ് ഹാരിസൻ വളരെ പരിശുദ്ധം ഈ രണ്ടിന്റെ വാസനയുമില്ല രുചിയൊന്നുമില്ലല്ലോ കറങ്ങത്തില്ല സായകളിനിശാലും കുടിക്കുന്ന എളുപ്പത്തിൽ ആകുന്നത് എന്തെല്ലാം പോഷക വസ്തുക്കളെ അറ്റ ഉള്ളിലിറങ്ങിയിട്ടുണ്ട് ശരീരത്തിന് എന്തെല്ലാം ഉണ്ട് ഇതെല്ലാം നിങ്ങൾ കുറിച്ചോ തോന്നോ പക്ഷെ അതിന് ഇബ്രത്തുണ്ടെന്നാണ് ഇബറത്ത് അടിച്ചു കൊടുക്കാനുള്ളത് പാലവിടെ പോയി ബാറ്റിലേക്ക് പോയി അതിന്റെ പോഷക പോലെങ്ങളൊക്കെ നാടിഞ്ചലമെല്ലാം വലിച്ചെടുത്ത് ശരീരത്തിലേക്കും പോയി പക്ഷെ ഇബറത്തോ അതിനോടൊരു ഇബറത്തുണ്ടെന്ന് പറഞ്ഞു സാധിച്ച എന്താ ഇബറത്ത് നമ്മറ കുടിപ്പിക്കുന്നു അപ്പോ പാലുണ്ട് കുടിക്കേണ്ട സാധനം കുടിക്കാൻ കുടിക്കാനുള്ള കയ്യേണ്ടി നമ്മുടെ കയ്യിൽ ഒടിക്കാനുള്ള കോപ്പയും നമ്മുടെ കയ്യിലുണ്ട് കുടിക്കാനുള്ള പാറും നമ്മുടെ കയ്യിലുണ്ട് കുതിപ്പിക്കുന്നവൻ അതാണ് നൂ നമ്മൾ ഒരു നമ്മളതാ അപ്പൊ ആ നമ്മള അതിനൊളി മറഞ്ഞു കിടക്കുന്നത് പെട്ടെന്ന് ഒളിവായിട്ടില്ല ആ നമ്മളെ പുറത്തിറക്കണം അതിന് പിന്നിലൊരു നമ്മൾ അങ്ങനെ വിളിച്ചു പറയുന്നത് നമ്മളാ കുടിപ്പിക്കുന്ന ഒരു നമ്മളതാണ് ഒരു നെഹലു ആ നെഹനൂരെ വെടിവാക്കാനുള്ള മധുഹറുകളാണ് ഈ സാധനങ്ങളെ പറയും അപ്പൊ ഈ സാധനത്തിൽ കൌൺ എന്ന് പേര് പറയും ഏത് എത്തിപ്പാറ കൂടിയിട്ട് അത് ഒരുത്തൻ പടച്ചുണ്ടാക്കിയ പടക്കപ്പെട്ട സാധനമാണ് എന്ന നിലക്ക് എന്ന് പറയും ഈ പടക്കപ്പെട്ടതിൽ നിന്ന് പഠിച്ചു ആൾ നമ്മളുണ്ടല്ലേ അവനെ വെടിവാക്കിത്തരുന്ന ഒരു സാധനം എന്ന നിലയ്ക്ക് പറയും മധുഹർ എന്ന് പറയും അപ്പൊ മലഹറും കൗനും എന്തായി രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് മലഹര ഉൽക്കൗൻ എന്ന് പറഞ്ഞ കൌനാകുന്ന മലഹർ കൗന് കൗനാക്കി നോക്കൂല്ല അതിൽ നിന്ന് പ്രതിപക്ഷ സാധനം മറ്റേതായിരിക്കണം അന്നലത്തെ സോഫിയത് ഉണ്ടാക്കും കൌനും മലഹറും ഒന്ന് തന്നെ അപ്പൊ കൌനാകുന്ന മലഹർ ഈ കൌനാകുന്ന മലഹരൻ എന്തുണ്ട് അവിടെ ദുരുമാത്തമുണ്ട് നൂറും ഉണ്ട് ഏതൊരു സാധനത്തിനും എന്താ ദുരുമാത്ത് ആ സാധനത്തിന്റെ പുറമേയുള്ള പടത്തരം തന്നെ എന്താണ് ദുരുമാത്തം എന്നുവെച്ചാൽ അതിൽ തന്നെ ഒരാളെ ശ്രദ്ധ പതിഞ്ഞ് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ അമ്മേനെ കിട്ടിച്ചിരൂല അത് അതായിക്കൊണ്ട് കണ്ടു അത് പ്രവർത്തിക്കുന്നു അത് നമുക്ക് വാതി വരുന്നു പാട് കുടിച്ച് പാടിച്ച് ഇതെല്ലാം കൌനുമല കെട്ടിത്തിരി അതുകൊണ്ടാണ് ഈ ദുരുമാത ഈ കൌലിന്റെ ദുരുമാറ്റയിൽ കൂടി കടന്നു പോയിട്ട് ആരെ കിട്ടിയേ ആ നെഹ്റുവിനെ കിട്ടി നമ്മൾ എന്ന് പറഞ്ഞതാ ആ നമ്മളെ കിട്ടിയേക്കുമ്പോൾ ആ നമ്മൾ ലൂറാം അപ്പൊ നുർമാലിനടുത്തേക്ക് പോയി നൂറിലേക്ക് പോയി കൗനാകുന്ന കരകേറ്റുന്നുണ്ടായി ഇസ്തുഗലാൽ നിന്ന് ഒന്നിക്ക് മുസ്തദൻ അലിയിലേക്ക് അല്ലെ കൌനില് നിന്ന് മുക്കബിനിലേക്ക് ഷുഹൂദിന്റെ മൊക്കാമിലേക്ക് എത്തിക്കുമ്പോ ആ വാക്ക് നഷ്ടം കിട്ടുമല്ലോ മേലോട്ട് നോക്കുന്നു ആകാശം കാണുന്നു അതിന് പ്രകാശിക്കുന്ന സൂര്യനുണ്ട് സൂര്യൻ ദുൽമാത്തോ നൂറോ പറഞ്ഞോളാം സൂര്യൻ ദുൽമാത്താണോ നൂറാണോ ദുൽമത്ത് എന്ന് പറഞ്ഞാൽ ഇട്ട് നൂറ് എന്ന് പറഞ്ഞാ പ്രകാശം സൂര്യൻ നൂറോ ദുൽമാത്തോ ജാത്തിനെന്താ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടു വേണ ഹിസ്സിയായി നമ്മളെ കണ്ണിന്റെ പുറമേ കാണുന്ന കൌനിൽ ഒരു പ്രകാശിക്കുന്നൊരു സാധനം ഹിസ്സിയായ പ്രകാശം ചൊലിയുന്നൊരു സാധനം എന്നുള്ള നിലക്കത് റൂറേ പക്ഷെ സൂര്യൻ സൂര്യനാണ് ആ ഒരു പടപ്പാണ് ആ പടപ്പിൽ കൂടി അപ്രകാരം സംവിധാനം ചെയ്ത് അള്ളാഹുരേക്ക് എത്താത്ത കാലത്തോളം സൂര്യനിൽ തന്നെ മനസ്സ് സൂര്യൻ ചലിക്കുന്നു സൂര്യൻ പ്രകാശം തരുന്നു സൂര്യൻ എങ്ങനെയാക്കുന്നു സൂര്യൻ്റെ സമയത്ത് അതാകുന്നു എല്ലാം അപ്ര സംവിധാനം ചെയ്ത് ഞാനോണ്ട് പ്രശംസിക്ക അജീസിൻ്റെ അനിയുമായ ഓരക്കാലത്ത കാലത്തോളം അവന അപേക്ഷി കാണുന്നുണ്ടെന്ന് കൗനത്ത ദുൽമാത്വം തന്നെയാണ് അപ്പൊ മാനവീയായ ദുൽമാത്വാണ് ഹിസ്ആായൻ ഉറുവാ ആ സൂര്യനു കൂടി അടുത്തേക്കെത്തി വജ സിറാജം മഹാജ ആ വെട്ടിച്ചിളങ്ങുന്ന ആ സിറാജം മഹാരി നമ്മളാണ് കീടുവെട്ടോ എന്നാൽ അതിൽ കൂടി വിളിച്ചു ആ നമ്മളിലേക്കുള്ള മതഹറാണ് സൂര്യൻ മതച്ചാൽ അതിലന്നിരിക്കുന്നതല്ലേട്ടാ അതിലന്നിരിക്കൂല അങ്ങനെ ഉണ്ടേ ഇപ്പൊ ഇവനെ കണ്ടാൽ എന്നെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്റെ മത ഇവനെന്ന് അറിഞ്ഞ അർത്ഥം എന്താന്ന് ഇവന് ഞാനുണ്ടെന്നാ ഉപയോഗിച്ചുപേയിച്ചന്നെ ഞാൻ ഞാൻ തന്നെ ദാത്താലും സിഫാത്താർ എല്ലാം പറ അബ്ദുൽ മോനും എന്ന് പറഞ്ഞ അർത്ഥം ഇവനിൽ കൂടി എന്റെ മതവ് കണ്ടെത്തിയാൽ എന്തായി ഇവരിൽ അത് ഹാലെന്ന മുത്താഹിദാണെന്ന് അർത്ഥം വരുന്നില്ല അപ്പൊ ഏതൊരു സാധനം കൗനിൽ കൂടി മുക്കമ്പലിലേക്ക് എത്തണം അപ്പൊ ഈ പുറമേയുള്ള ഈ മറുപടതാണ് ഈ നൊരുമാത്തമുണ്ട് നൂറുമുണ്ട് നിങ്ങൾ പറഞ്ഞുവെച്ചത് അപ്പൊ ഈ ജനങ്ങൾ ഇത് ഈ വിഷയത്തിൽ ആരൊക്കെ തർക്കാരുണ്ട് മൂന്നാറ് സർക്കാർ അപേക്ഷിക്കാം ഒന്ന് ഈ കൌവിന്റെ നൊരുമാത്രം കാണുന്നു നൂറും കാണുന്നു അങ്ങനെ ദുരുമാറ്റത്തിൽ നിന്ന് അവരത്തേക്ക് പോയി നൂറിലേക്കോട് കുറ്റി കടന്ന് ഒരിനം ചിലർ ഈ നൂറ് കാണേ ചെയ്യില്ല ദുരുമാതി തന്നെ തടഞ്ഞുകൂടി അവർക്കതിന്റെ അപ്പുറം മനസ്സ് പോവുകയേ ചെയ്യൂല പ്രകൃതിവാദം മാത്രം പടച്ചോ നോക്കില്ല എന്തായ ആ താലത്തെ കൂട്ടക്കെന്തണ്ട് പടച്ചോനോണ്ട് പടക്കുക നൂറാം തീയതി അന്നാർ നൂറ് സമാവാദം അല്ലാറ് അർബകന്താ സാധനം ദുൽമാതൻ കൗ മിൻ വൈദീന്ന ഹു കൗനർ ദർത്തോ അത്യ ദുൽമാതൽ കോൻ കുൻഹൂ വൽ മത്തുനാർ ആൽ കോർ കുല്ലൂ വൽ മത്തുൽ പക്ഷ അന്ദാ ദൂറ വൈന്ന മ അനറഹു വജൂദുൽ വഹൂറുൽ ഹഖ്ഖ് ബിഹി ഇമിനി ബാർത്തല്ലേ പക്ഷ അതെന്താ പ്രകാശിപ്പിക്കാനുള്ള സാധനന്റെ എന്ത് വജൂദുൽ വഹൂറുൽ ഹഖ്ഖ് ബിഹി ഹഖ് സുബ്ഹാനഹു വതആലാ അങ്ങേ വജൂദും അദറൈക്കും അബിൽ കൂരെ ആർക്കട്ടൂം മുക്കം പിന്നെ പിടുത്തം കിട്ടും എന്നുള്ള നിലയ്ക്കേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് നൂറായിരത്തി മാറും ഇവിടുത്തേക്ക് എത്തൂല്ലെങ്കിൽ വിചാരിക്കാം കംലേറ്റും ദുന്മതി തന്നെയാണുള്ളതും ഈ സാധനം ടോർച്ച് എന്താന്ന് നൂറാന്ന് പറഞ്ഞ നമ്മൾ ടോർച്ചിങ്ങനെ അടിച്ചാൽ കാണാത്ത സാധനം കാണിക്കാനുള്ള സാധനമാണ് ടോർച്ച് ഈ ടോർച്ചുള്ള കണ്ണിലേക്ക് അടിച്ചു നോക്കിയെ എന്താണെങ്കിൽ ഒന്നും കാണാൻ കുരുടായാല ഉണ്ടാവില്ല ടോർച്ചെടുത്തിട്ട് ഇങ്ങനെ അടിക്കപ്പ ഇങ്ങനെ അടിച്ചാ കാണാത്ത ഇരട്ടത്തേക്കുന്ന സാധനം എല്ലാം കാണാൻ ഇതേ ടോർച്ച് ഈ നോക്കുന്ന കണ്ണിലേക്ക് അടിച്ചാൽ എന്താ നടക്കാനുള്ള വഴി പോലും കാണാണ്ട് കുരുടനായി പോകും അല്ലേ അപ്പൊ ഈ സാധനം ഈ കൗലെന്താ സാധനം ഒരു ടോർച്ചാ ഈ ടോർച്ച് എടുത്തിട്ട് അള്ളേക്ക് ഇങ്ങനെ വിളിച്ചടിച്ച് തരും അത്ര പിന്നെ മനുഹറാവും ഈ സാധനം ഇവന്റെ കണ്ണിലേക്ക് തന്നെ ഇതിൽ തന്നെ ഘടകങ്ങൾ പതിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാവില്ല അപ്പൊ ഈ കൗലും മറ്റും എന്നിട്ട് ഭൌതിക വാദ്യമായിരുന്നു ജനങ്ങൾ രണ്ടായി ഒന്ന് ഇത് ഒന്ന് ഇത് രണ്ടും മൂന്നാമത്താറുണ്ട് ഇത് പറ്റങ്ങടെ മറന്നിട്ട് ഇതിന് മാത്രം നിൽക്കുന്ന ഒരു കൂട്ടം മൂന്നായില്ല നാലാമത്തോ ഹിജുമാർ എടുക്കാ രണ്ടുമില്ല അപ്പൊ തരക്കാർ നാല് ഒന്ന് രണ്ടും ഉണ്ട് ഒന്ന് രണ്ടുമില്ല മൂന്ന് അതുണ്ട് ഇതില്ല നാല് ഇതുണ്ട് അതില്ല ോട് തള്ളിക്കളയാമേ രണ്ടുമില്ല എന്നാൽ പിന്നെ ബുദ്ധിയും ഇല്ല അവൻ ജമാതായിട്ട് കിടക്കുന്നതിന്റെ അർത്ഥം കിട്ടുക ഓ നായ്മോ ഭ്രാന്തനോ ഏ എന്തു അയക്കും അവർക്ക് വിട്ടു രണ്ടും അത് ഇതുണ്ടല്ലോ സുഖത്തായി സുർഭത്തായിച്ചാൽ അത് ബുദ്ധി അവഗണിച്ചുകൊണ്ട് പറയുന്ന വാദം മാത്രം എന്നാ ഓരോ ബുദ്ധിയെ സമ്മതിക്കുന്നില്ല നമ്മൾ ഇസ്തുദലാല് കെട്ടിയിട്ടില്ല ഇതെങ്കിലും സാധനം ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ട് വരുത്തിയിട്ടോ ആണോന്ന് ഇസ്തുദിലാല് പറഞ്ഞു കൊടുക്കാനെ അതൊന്ന് നിരന്തരട്ടിപ്പോൾ സംസാരിക്കാത്ത ഒടങ്ങിലല്ല പണ്ട് ജൂലാൻ പോയമാതിരി ഇത് മശിപ്പിപ്പിടുത്തിട്ടില്ല ഇത് ക്യാൻറ്റർ സങ്കല്പിക്കാതെ സംസാരത്തിന്റെ മുഴുവനല്ല സ്വഭത്തായിക്കാർ ആദ്യം ഇസ്തുദാലിന്റെ വാഹനടച്ചു വേറെ ഏതെങ്കിലും കൊടുക്കുക ഒന്നിക്ക് തക്കലീത് അല്ലെങ്കിൽ ഇഷ്ട അല്ലെങ്കിൽ മുഷാളരല്ലേ അഭിനന്ദം കിട്ടാനെ മാർഗ്ഗമുള്ളൂ തക്കലീതിയിലും കാർ കുറേണ്ട് കുറെ പെട്ടികളാക്കി പുറത്തു നിങ്ങൾ ആ വീട്ടിലെ ഇഷ്ട കിടക്കുമ്പോൾ ദൈവം അവർ കത്തിപ്പൊളിക്കും സുഹോവിനെ കത്തിക്കാനുള്ള ആ പാകത്തിന് വായില്ല സേവുമില്ല കൊരിയില മൂന്നും മാർഗം അറിയാൻ വേണ്ടി അവർ പിഴാടിയിരിക്കുന്നു അപ്പൊ രണ്ടും ഇല്ല എന്ന് പറഞ്ഞ കൂട്ടം സോബത്തായി കാര്യങ്ങൾ ബാക്കി മൂന്നുണ്ട് ഒന്ന് ദുൽമാപ്പൻ മാതടഞ്ഞിരുന്ന ഭൌതികവാദി യുക്തിവാദികളുടെ ഓണങ്ങൾ വിടുക അവർക്ക് കുറച്ചോ ഇല്ല ബാക്കി രണ്ടുണ്ട് രണ്ടിൽ ഇത് ആദ്യം കണ്ടിട്ട് രണ്ടാമതായി എത്തേക്ക് എത്തുന്നു ദുൽമാപ്പൻ നൂർ തമ്മിൽ ഇങ്ങനെ രണ്ടിലായിട്ട് രണ്ടിലായിട്ട് ഇങ്ങനെ കളിക്കുന്നു ഇവർ ഇസ്തുഗിലാരൻ്റെ ഹൈക്കാരായിരിക്കും ഇത് കാണുമ്പാതും ഇത് കാണുമ്പാതും ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതില്ല മനസ്സിന് പറ്റ പോയി പോകും നമ്മുടെ ഹാജമാത്ര നമ്മളെ മുമ്പിൽ ചിക്കർ എതിർ ചിക്കറി നടത്താനുള്ള മാധ്യമം ഉണ്ടായിട്ട് അതിൽ ഞാൻ നന്നായിട്ട് എതിർ ഉയരുന്ന അവസരത്തിൽ തോന്നുന്നു എന്ന് ഇതെടുത്ത് പറ്റിയ നമ്മളെ മനസ്സിലാക്ക അപ്പൊ ഇത് എന്തെങ്കിലേ എന്ന് പറഞ്ഞ മാതിരി ആപേക്ഷികമായി ബന്ധപ്പെട്ട് കിടക്കുകയും നമ്മളെ ഉപരി ഇതാക്കും തള്ളിപ്പറഞ്ഞ് കൂടാതെ നിൽക്കുന്ന കൂട്ടർ അത് കാട്ടുണ്ട് വേറൊരു കൂട്ടറുണ്ട് ഇതിൽ ഇതിൽ കൂടി കാരണത്തിൽ ഒരു മാസത്തിൽ നിന്ന് നൂറിലേക്ക് പോയി ഇത് പറ്റ മുതുമലേക്ക് പോകുന്നുമില്ല അതാരന്ന് ഫലായ കറാം ഓറ് തള്ളിപ്പവനത്തിണ്ടെങ്കിൽ എന്റെ കാരണത്താലാണ് ഇവർ ഓറെ ശ്രദ്ധയിലില്ല ഇതിൽ ലയിച്ചുപോയി ഇതിൽ ലയിച്ചപ്പോൾ ഇത് മറ്റ മറന്നു മുതുമില്ലായപ്പോൾ ഇവർ മാധൂനീയങ്ങളാണ് ഇനി ഇതിൽ തന്നെ മറ്റൊരു കൂട്ടരുണ്ട് ഇവർ ഇത് കണ്ട് ഇത് കണ്ട കാളെ കുറെ കഴിഞ്ഞ് തിരിച്ചിട്ടെടുത്തേക്കുന്നതും തീർച്ചയായിട്ടും ഇത് വന്നപ്പോൾ ഈ സാധനത്തിന്റെ അവിളും മുഖത്തുകൊണ്ട് മാത്രമേ ഇത് സഞ്ചരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാണരുത് തന്നെ ആദ്യം വീടിനെടുത്തേക്കും ഇങ്ങനെ ഇവർ ബസായി അപ്പൊ ക്യാമുൽ വില്ല റിയാമുൽ വില്ലായി നേരത്തെ ക്രിയാമുൽ ഇല്ല ഇന്ന് ഇവന് ഇത് വിൽക്കുന്നു ഇത് വിൽക്കുന്നു അപ്പൊ രണ്ടാമത്തെ അല്പം വ്യത്യാസമുണ്ട് അപാര താല്പര്യയില്ലേ അവനവൻ പറഞ്ഞ അപ്പൊ ഏതായാലും ഈ കൗനാകുന്ന ഈ സാധനത്തിന്റെ മേലെ നൂറു കൊണ്ട് നൊരുമാത്രമുണ്ട് ഈ നൊരുമാതിന്റെ മുകളിൽ ഇതൊരു പുറംപോറ ഒരു മുഖം മൂടിയ എന്തിനാ ഈ വീട്ടിലുള്ള സെർവ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സെർവ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പുറമൊരു മൂടി ഉണ്ടാക്കാം ഇപ്പൊ നെല്ലിന്റെ മുകളില് അല്ല നെല്ലിന്റെ ഈ ചൂടിയാണെല്ലാം ഉമ്മി ഉമ്മി എന്താ സാധനം അത് റിത ഉത്സവ എന്തായാലും ഉള്ളിലുള്ള അരിക്കുന്ന ഒരു കവചമാണ് അതിന് കയറി വരാതിരിക്കാനുള്ള കവചം തേങ്ങന്റെ കാമിന്റെ ഉള്ളിൽ ചിരട്ടാമല്ല എന്താ പറയും ആ സാധനത്തെ നിത ഉത്സവം ആക്കാനുള്ള ഒരു പുറമെ ഇതെന്താ കാതര് റുമാമ്പരക്ക് റുമാമ്പര പോക്കുന്നുണ്ട് കാത് കാത് കൊണ്ടുള്ളിലെ പോക്കണ്ടോ ആ തോട് എന്താ പറയാ എന്ന് പറഞ്ഞ മാതിരി അർത്ഥാൻ എന്നുപോ തന്നെ അസ്ത്രാദികൾ ഈ ലോകത്തിൽ ഓരോ കൌണിലും ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് നിറച്ചിരിക്കുന്നു ഒരു ഉറമ്പെടുത്താൽ അതിലുണ്ട് ആനട്ടത്തിൽ അതിലുണ്ട് ആകർഷത്തെ അതിലുണ്ട് ഭൂമി എടുത്താൽ അറിയില്ല ഒരറ്റാറ്റമൊഴിയുമില്ല ഓരോ ഗർവത്തും വൈമീഷൻ ഇല്ല ഇഷി ഹി ഹിഹി എന്ന് പറഞ്ഞു ആനക്കാന്നല്ലോ ഒരത് പറഞ്ഞാൽ ഇസാനൽ മഹാനല്ല ഇസാനുൽ ഹാലാ നോക്കുകയാണെങ്കിൽ ോ അപ്പൊ അതിന്റെ മോരോ സാധനത്തിന്റെ വേണി സിർപ്പ് പുറത്തു ചാടാതിരിക്കാൻ വേണ്ടി എന്തു വന്നിട്ടുണ്ട് സൗൻ എന്ന് പറഞ്ഞ ഒരു പുക മൂടി കൊണ്ടാണ് എന്താക്കി ആകെ മൂടി ചിലർ ഈ മോടിനോട് നിന്നിട്ട് ഉള്ളു കാണാതെ കണ്ട് കുരുഡന്മാറായി പോകും ചിലർ ഈ മൂടി എന്താക്കും തോലിച്ചിട്ടും കളഞ്ഞിട്ട് കാതലിലേക്ക് എത്തിച്ചേരും ഈ കാതലിലേക്ക് എത്തിച്ചേർന്നാൽ ഓരോ ഹട്ട് കിട്ടിയെന്ന് പേര് ഇതാ കോലി കളഞ്ഞിട്ട് കാതലെത്തി അപ്പൊ എന്ത് പറഞ്ഞു എന്തിനാ ഈ സൗനെ കാക്കാൻ ക്കുന്നത് ഈ അത്രാറുകൾ ചോർന്ന് പോകാതിരിക്കാൻ അത് നെയ്ച്ച് കണ്ടെത്തി എത്തിക്കോട്ടെ മുത്തിന്റെ മേലെ ചിപ്പിയാക്കണ റിതാ ഉസ്തവനാണ് ചിപ്പി അതെന്നാ ഈ മുത്തിന് കേട് വരാതിരിക്കാനുള്ള റിതാ ചിപ്പി കുടിക്കാളെന്താക്കട്ടെ ചിപ്പി ഉടത്തിന് മുത്ത് എടുക്കട്ടെ അതെ മനുഷ്യന്റെ റോയി ഈ റോയിങ്ങളിൽ ഈ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എല്ലാം കാത്തുകൊണ്ട് വാഴിയല്ലോണ്ട് അമ്മാനൊക്കെ അവർ ഈ വാരി നിതാ ഉത്സവെന്ന് പറയും ഇതിനെ കാക്കാനുള്ള പുറമേയുള്ള കവചം അതായത് ഈ പുറത്തെ ഈ മൂടിയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഓ പുറമ്പോഴിച്ചിരിക്കും അതിനെ കശ്പു ചെയ്യണം കശ്പു നിത ഉത്സൗ ഉള്ളിലുള്ള അത്രാറിനെ കാക്കാൻ വേണ്ടി പുറമേ സൃഷ്ടിക്കപ്പെട്ട ആ കവരം എന്താക്കണം കശ്പു ചെയ്തിട്ട് കീറി പൊളിച്ചിട്ട് എന്നെ തൊട്ട് അൻ കൗൻ കൗനാകുന്ന മലഹറിനെ തൊട്ട് കൗരന്റെ മുകളിലാണ് എന്റെ പേര് ഇതാ സൗനുള്ളത് ഒരു കൌന് കൗരന്റെ മരിതാ സൗന് അതിനുള്ളിൽ കാവരതാ ഹക്ക് അപ്പൊ ഹക്ക് ഉള്ളിലുണ്ടാകും അതിന്റെ മോളെ ഹക്കിന്റെ മതഹറാണ് ഈ മധുഹറിന്റെ മതി ഇതാവസ്ഥനാക്കിട്ട് തിത്യുത്തി ഒരു തേങ്ങന്റെ മതി പുറമേ ഒരു ചകിരി അതിന്റെ ഉള്ളിലൊരു ചെട്ട അതിനുള്ളൊരു കം ഉദാഹരണത്തിന് പറയും അപ്പൊ കാമിന്റെ സ്ഥാനത്തും ഹക്കുകളും സമിതിപ്പിക്കുന്നത് ഏക്കുനേരം ആണ് അതിന് തീയാൻ വേണ്ടി പോയുന്നത് ബാർപ്പിന് പരിപാടിക്കല് പല വർഷം അത് വാർപ്പുറത്ത് കഴിഞ്ഞാതെത്തി ഒരു ലവര് നോക്കണ്ടില്ല അതിന്റെ മേലെന്തുണ്ട് മതകളാകുന്ന ചിരട്ട ഈ ഉള്ള അത് തൊത്ത് കളിക്കേണ്ട ഒരു രതാ ഉത്സവനാകുന്ന ഒരു പുറംപോളിച്ചാള വെച്ചിട്ട് ഇനി നല്ല വസീതത്തിന്റെ ആൾ ഇതും തിരച്ചി ഇതും തിരച്ചി ഇതും തിരച്ചി ഇത്തേക്കത്തെട്ടെ ഇല്ലാത്തോളം ചേരു ചേരിന്റെ പുറത്തുനിൽ കെട്ടെ തൊലി ഉള്ളി ഇരിക്കണ്ട അതിനെ കാത്തിട്ടട വെച്ചു അഹനല്ലാത്ത ആളെന്താക്കണ്ട ഉള്ളിക്കറണ്ട രണ്ട് കവനം കൊണ്ടാണ് മൂടിക്കറിയ അപ്പൊ കൌനാകുന്ന മധുഹന മേലെ നിതാ ഉത്സവനാകുന്നൊരു മുഖം മൂടിയുണ്ട് ആ മുഖം മൂടി കീറി പൊളിച്ചിട്ട് കൌലിന് മധുഹറാഴ്ച കണ്ട പിന്നെ കൗലിനും മിന്നേക്കിന്റെ പോലെ കാണുന്നു മിൻവീൻ്റെ മതറാഴ്ച കാണുന്നു ആ മതഹറുകളിൽ ഇന്ന് ആരാ കാണണം അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും നെഹനോ നമ്മള് നമ്മളാ വഹുവ പലപലത്തിലും പറയും ചിലപ്പോണ്ടാവും ഞാന് ചിലപ്പോ നമ്മൾ എന്ന് പറയും ചിലപ്പോ വഹുവെന്ന് പറയും ചിലപ്പോ അള്ളാന്ന് ഈ പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അള്ളാ നീ ഭാറത്തിട്ടുകൊണ്ട് തുടങ്ങാറുണ്ട് ലില്ലാജോണ്ട് ഈ ഭാറത്തിടാരുണ്ട് ലഹുനി ഭാറത്തിടാറുണ്ട് ഗുവാൻ ഇഭാറത്തിടാരുണ്ട് നെഹനീ ഭാഗത്തിനാരുണ്ട് അന ഇഭാറത്താറുണ്ട് ഇതെല്ലാ ആരാ സാധനം മാൾ തുറച്ചോലെന്തോ പറയുന്നത് ഞാൻ ആ നിത തുറന്നല്ലോ തുറക്കലോട് കൂടി എന്താകും പനാഗാകും ആദ്യം മല്ലം ഞെക്കും ഇവിടെ ടൗൺ അല്ലാത്ത ഉണ്ടാവാത്തൊരു സാധനം ഉണ്ടല്ലോ അതോ സാധനവും കഴിഞ്ഞിട്ടന്ന് അത് പനാഗായിട്ട് വഴിപെട്ട ആ മല്ലം ഞെതൽ അതിന്റെ ഒരു മല്ലം ഞെതലായ അമ്പാഹുണ്ട് അതല്ല പത്താൻ ഈ താഴെയോടുകൂടി ഈ താഴെ എല്ലാം തെളിഞ്ഞുകൊടുത്തേക്കെത്തി ഇത് മറ്റേ കൊഞ്ഞ് വലിയ ഇത് ഈ ഹസീക്കത്തിൽ ഇന്തും സോഫിയത്തിന്റെ അടുത്ത് ലത്തീയത്തും തസ്ഫീയ തസ്ഫീയത്തിന്റെ ഫലമാണ് തസ്വീയത്ത് തസ്ഫിയെന്ന് പറഞ്ഞാൽ അല്ലത്തീത്തത് അതിന്റെ ആവശ്യമില്ല തസ്വീത്തം തരീക്കത്തിന്റെ ലക്ഷ്യമാണ് മറ്റു നെത്തീജ തസ്വീയത്താകുന്ന തരീക്കത്തോണ്ട് എന്തുണ്ടായിത്തീരുന്നു അതീകത്താകുന്ന അപ്പൊ തീകത്തു ഈ തസ്വീയത്ത് എന്നുള്ള തരീക്കത്തുണ്ടല്ലോ അത് ഞെത്തിയിരുത്തു ശരീരത്തിൽ ശരീരത്തിന് എത്തിച്ചു എന്താണ് ഉമ്മക്കാൻ പറഞ്ഞത് ം തത്തപ്പോ നോമ്പൊക്കെ കുത്തിമാരിക്ക് മുസ് ചെയ്യാമോ നിങ്ങൾ പട്ടി നടക്കാൻ വേണ്ടി ഭാര്യ അപ്പോ ശരീരത്തിൽ നിസ്കാരം നോമ്പ് തെക്കറ് ഇങ്ങനെ പല പല പല സ്ഥലത്ത മുതലായ കാര്യങ്ങളിലെല്ലാം പൈസ തീരലോ അല്ലെങ്കിൽ കൊറേ ദേഹാധ്വാനോ അതാ ഇതാ ഒരു നേരം കളയൽ എന്നതല്ല അതിന്റെ പിന്നിൽ എന്നുണ്ട് തസ്ഫിയത്താ ഉദ്ദേശിക്കുന്നു അപ്പൊ ശരിയത്താണ് പൈസ കൊടുക്കുന്ന ശരിയത്താണ് ധർമ്മം അല്ലേ ഇതെന്താണെ ഫലം തസ്ഫിയത്ത് എന്താ തസ്ഫിയത്ത് ഈ സ്വത്തിനോടുള്ള ഏറ്റമാതുപോയി ഇത്രയും പൈസയോടുള്ള കൂറ് എന്റെ മനസ്സിൽ നീങ്ങി അതോടൊപ്പം തന്നെ അവന്റെ കല്പ എന്റെ കല്ലിൽ ഇൽപത്തുണ്ടാക്കി തീർത്തു അപ്പൊ ഇത്തന്നത് അല്ലാഹു ആണെന്നുള്ള കാഴ്ചപ്പാട് വന്നു അന്നലെക്ക് തസ്വീറ്റ് വരെ എന്തെടുത്തു നോക്കിയാൽ ശരിയാക്കു അപ്പൊ ശരിയേക്കു പറഞ്ഞാൽ എന്താ ഇത് ജവാദിറായ ജവാദിഖണ്ടോ കൈ ഏഴാ രണ്ട് കെയ് പിന്നെ രണ്ട് കാല് നാവ് രണ്ട് കാത് രണ്ട് കണ്ണ് പിന്നെ പ്രജ് മുതലായ ബാഹ്യ ഒരു പ്രവർത്തനം ശരീരത്തിന് പുറമെ കാണുന്ന ഇതിനല്ല തെറ്റുകൾ തൊട്ട് തിണത്തോട്ട് കാത്തു സൂക്ഷിക്കുന്നതാണല്ലോ ശരീരത്തുള്ളത് അമൃ നീ ഞങ്ങളല്ലേ ഇതിന്റെ നെത്തീജിയാണേത് ഇതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന തസ്ത്രീയത്ത് ഈ തസ് ഉണ്ടായിത്തീരുന്ന നെത്തീജിയാണേത് അതേപത്ത് അപ്പൊ ഇങ്ങനെ നമ്മുടെ ബാഹ്യ ശരീര അവസരത്തിൽ കൽപിൻ്റെ ഉള്ളവരും തസ്ത്രീയത്ത് വരും ിൽ കൂടെ എന്തുണ്ടാവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് ലാഹിറായ ഭാഗങ്ങളും മുഴുവൻ തീനാത്തിൽ ഇതിന് ലിയനൂറ കൽപും മുരിത്തല അള്ളാഹുവിന്റെ നോട്ടസ്ഥലമാകുന്ന കൽവിന് നൂറ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനയിൽ കൂടിയേ നീട്ടുള്ളൂ മാസിലേക്ക് നൂറ് കയറുള്ളൂ ഒരു അത്തിന് നൂറാടന്ന പഠിച്ചു വെച്ചിട്ടുണ്ടായി ആ നൂറ് ഓതി കട്ടിച്ചിട്ട് എന്താക്കി എന്താക്കി വെന്താക്കി കൊണ്ടുവരണ്ടേ അല്ലെങ്കിൽ കിട്ടുപോകണ്ടെ കിസ്കോണ്ടിന് കിട്ടുപോകുന്നുണ്ടല്ലോ ലിയനൂറ കൽബും മുരുത്തല നമ്മളത്തേക്കത്തെ ശരീരത്തിൽ നിന്ന് കസ്മീസിലേക്ക് അരിയല്ലേ അതിനപ്പുറം എന്ന് പറഞ്ഞു അൻ മുൽമത്ത എന്നിട്ട് കൽബിനെ പോട്ടെ കൽബിനൊക്കെ അൻവർ ഉണ്ടാക്കണം അതിലിച്ചേരാൻ വേണ്ടി ഒരിക്കൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ശരീരത്തില്ലാത്ത തരീക്കത്വില്ല തരീക്കത്തില്ലാത്ത ഹസൈക്കത്തുമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് വായിച്ചേ മൂന്ന് മൂന്നിനുള്ള വധപ്പൊത്തു കിടക്കും വാരിക നടത്താൻ കണ്ടു കിട്ടുന്ന പ്രശ്നേ ഇല്ലാണ്ട് നിങ്ങൾ ചൂടിക്കാര്യം കെട്ടിട്ട് വയർ നടത്തണമെന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് കിട്ടണമെന്ന് വെച്ചാൽ എളുപ്പല ചൂടിയും കമ്പേലും കെട്ടിപ്പ കറണ്ട് വരാൻ വേണ്ടിട്ട് അതിന്റെ വയസ്സൊന്നും ചിലവാക്കണ്ടല്ലോ കത്തി കിട്ടുന്ന ശ്രദ്ധിച്ചിട്ട് വഹിയ അപ്പൊ ഈ ശരീരം തത് ആ തരീക്കത്തിലേക്കാണ് തള്ളി ഇവിടെ അപ്പൊ ഇവിടെ ശരീരത്തിന്റെ പണി കറക്റ്റായിട്ട് നടന്നോണ്ടിരിക്കുമ്പോ തെരീക്കത്തിലേക്ക് ഇങ്ങനെ തള്ളുന്നുണ്ടോ അല്ലത്തീ എന്താ തരീക്കത്ത് ഇസ്ലാംകളെ നന്നാക്കലാണ് തരീക്കത്ത് അറിയോ ആയിപ്പ് നഹബിന്റെ ഇങ്ങനെ പോകും അല്ലുൽ അത്തു ശരീരത്തിൽ ഇമാരത്ത് ു ആ തരീക്കത്ത് അന്തോ നിങ്ങളോട് പറഞ്ഞു കേട്ടെന്ന് അപ്പൊ ശരീരത്ത് അന്താഗുതവും നോമ്പ് സദക്ക സഹിമ് സദാം പറഞ്ഞത് ഏ ഇങ്ങനെ ഇറങ്ങി ശരീരത്തിന് എന്തെല്ലാം എന്തെല്ലാം സ്വർണ്ണും സന്നത്തുമായ പ്രവർത്തനങ്ങളുണ്ടോ എല്ലാം അന്താഹുതവും ഇതിനെല്ലാം പ്രവർത്തിക്കുമ്പോൾ എന്താണിത് കൊണ്ട് നീണ്ടാക്കുന്ന ലക്ഷ്യം ആ കത്തിന് വളരെ കാര്യം നടക്കുന്നു പോയില്ലെങ്കിൽ ആളും പറഞ്ഞു കൊടുത്തിട്ടെങ്കിൽ ആളും പറഞ്ഞു എല്ലാ ആളും അറിയില്ല ആളും പറയുന്ന ലച്ചടി ഇങ്ങോട്ടേക്കാവുന്നു ഇനി അതല്ല വേണ്ടിതവും ശരീരത്താണെങ്കിൽ ഒമാ ഇവിടെ ഇമാറത്തോടെയാണെങ്കിൽ കത്തിക ഇത് രണ്ടും കൂടി കിട്ടേണ്ട ഏതാന്ന് ഉഷാഹ അപ്പൊ ഇമ്പാദത്തോണ്ട് ബുദ്ധിവാൻ ഹൈക്കത്തു അന്താഹതി വച്ചു ان هو صلى الله عليه وسلم قال انذا يقول عليه الصلاه والسلام انه واعلم لا بت ب ولام بان هذه الطريقه قابله اذا هذه الطريقه بان هذه الطريقه التي سالتها انت الطريقه الصوفيه ايضا قاموا بحث عن التحقيق انما باغي باحثون وتفصيلون اني اذا دكتور اني استهلك للحديث كما انت حقيقه الحقيقه عن حقيقه التحقيق كما ാക്ക അതിന സാക്ഷാത്കരിക്കാൻ അതിനെ പൂർണ്ണമായി ജയിക്കലാക്കാൻ അപ്പം ദലീലിനെ ദേവനെ ദലീലുണ്ട് കുമ്പൂർത്താക്കൽ എന്നത് ഹൈക്കുമല്ല തീക്കന തൽപ്പിടിച്ചത് ഹൈക്കാക്കൽ എന്നതുമല്ല ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിന്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണോ അതവ ഇതാക്കിയ ദൗക്കം മഹാകൻ ദൌക്കാതും മഹാരാധം ഇതാക്കിയണം ഇമോണ്ട് കിട്ടിയാ പോരാ പഞ്ചസാര അതിർക്കുന്നതാണ് എന്ന് ഇൽമോണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ദൗക്കം മഹാനാവലെപ്പോൾ നിന്നാക്കേ സാധിക്കുന്നു അടി കിട്ടിയാൽ വേദന ഉണ്ടാവും എല്ലാവർക്കും അറിയാല പക്ഷെ അടി കിട്ടിയോ വേദന എടുത്തിട്ടുണ്ടോ ദൗക്കം വേറെ ഇൽമാവല് വേറെയാണ് ദൗക്കാവല് വേറെയാണ് ഇനി അപ്പൊ വല്ലാമോക്ക് പറഞ്ഞ ലാമന്തിനാണ് ലാമ തീയ്ക്ക് ഹത്തേ തഹസൈക്കൽ എന്നാന്ന് തഹസേക്ക് അല്ല മഹാ ഇസാരിയെ പറയുന്നു ഞാൻ മുഖദ്ദിമു ലക്ക മുഖദ്ദിമത്തൻ ഒരു മുഖദ്ദിമ ആദ്യം പറഞ്ഞുതരാം യസഹു ബിഹാ ആ മുഖദ്ദിമ കൊണ്ട് കേൾപ്പമാകും ഫഹുമു മാ യദകുറുഹു നാലിമ ഫീ ഹാദൽ അസ്ൽ ഈ ഒന്നാമത്തെ ഫസൽ അസ്ലനെ വറൈലി അനിൽ പറയുന്ന കാര്യങ്ങളല്ലനിക്ക് വേഗം വളിവായ് കേlambda അന്നും അറിയാ മാത്രമുള്ള ഒരു അസ്ലെലി മുഖദ്ദിമ നാ ആദ്യം പറഞ്ഞുതരാം ിഹരിൽ ഞാൻ പറഞ്ഞ എല്ലാവരും എതുണ്ടാവും ഇവിടെ ഒരു മുക്കബിനുണ്ട് ഒരു കൗനുണ്ട് ആ കൗലിനെന്തണ്ട് അബിൽ നാഗറാന്നൊരു സാധനം ആണ് നാഗറാജെന്ന സാധനം അമ്മാനത്തോടെ ആ കുതിരീറാഫിനെ പറ്റിയെല്ലാം അറിയാനുണ്ട് ഇത് എല്ലാവരുടെ കമ്പനി കറക്കാതിരിക്കാൻ വേണ്ടി ഗീതാ ഉത്സവ എന്റെ മുകളിലുണ്ട് പറഞ്ഞു വെച്ചത് ആ ഭാഗ്യതാ ഉത്സവന് കളയാത്ത കാലത്തോളം എന്താന്ന് ഈ സാധനം മുഴുവനും ഒരുമാത്രാൻ കഥാപത്രം മത്സ്യത്തോളം തുറഞ്ഞ് നടക്കൂല അല്ല അന്നല ജലാലുഹോ وهو الذي علما ما كان <لعب و جلسك جدا> علاماً قان... علاماً عليه كان علما كان علما عليه كان الدنيا تدور يديه وبفقامني كان ما له لا شيء ما هو وهو الذي علما ما هو عليه ما دام كان عليه ادامه عليه كان مديك مني بار النهار تصبت عن في ازلي ازليته رقيقا حكيمن قديرا قلنا برضو ಅದು ಅದನ್ನ ಅದನ್ನ ಒಳ್ಳिनी প্রত্যেক વખતે আল্লাহ সুবহാനഹു ותালা 와ഹിদা அவنده எல்லா அதிகாரத்தினු ಮಿಲ್ಕಿರು மற்று شيء லலா ஷரிக மாகூ ரிது உள்ள ரிது இல்ல ரிது நம்ம அந்த ஈஸானமന്ന இதெல்லாம் அந்த ஈஸானமന്ന அதಿಲ್ಲண்டா இரவு வந்தா பகலilla பகல வந்தா ராத்திரி இல்லவேங்கிறது இது வெறும் ഒന്ന് ഈ സാധനം അതിനെ പിടിച്ചെടുക്കാൻ പറ്റി വേർന്നു വരിക എന്റെ പരസ്പരം അതാണ് ഇത് ഉണ്ടാവും ഇന്ന് തൊന്നുമില്ല അന്നാഹുബാദിക്കല കൊണ്ട് കാര അഹു അവനോടൊപ്പം ഉള്ളത് ശൈവൂല്ല അവനോടൊപ്പം പറയാൻ പറ്റൂ ചെയ്യുവേണ്ടേ അതില്ല ബഹുബ ഇന്നും അന്നാവത്താൻ അലമാനയിക്കാൻ എപ്രകാരമാണോ ഉള്ളത് അതുപോലെ തന്നെ അല്ലാണ്ട് കൂടെയുള്ളു അന്ന് ജയിക്കൂ അന്ന മോജൂദ് നമ്മ മോജൂദ് അപ്പൊ മോജൂദിന്റെ ഒക്കെ മോജൂദ് വന്നില്ലേ ഒരു പൈസ ഒന്ന് പുതിയൊന്നും വന്നില്ലല്ലോ അതിന് അന്നാനോടൊപ്പം താരതമ്യം പറ്റിയ മഹൂദരെ കയ്യിന്റെ അന്നാനോടൊപ്പം നിൽക്കാൻ പറ്റിയ മോജൂദായിട്ട് കാണുന്ന കൊടുത്തോ ഒരു സാധനത്തിന്റെ ഒക്കെ മഹൂദ് വരണം എങ്കിൽ അതിനോട് കടപിടിക്കാനോ പൊലിന്റെ കത്തിന്റെ ഇത് വലിയൊരു കടലു കൊടുത്ത് അവിടെ ചെയ്തിട്ട് കടലിനോ ഇതും ഉണ്ടോ എന്നാണ് അത് അവര് മാത്രം നിസ്ബന്ധ ഉള്ളത് മാഹു എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഈ മൗജുണ്ടെങ്കിൽ തന്നെ അവരുടെ ബന്ധം കിട്ടിയത് എന്താന്ന് കാണിച്ചു അപ്പൊ അവസ്ഥ അത് പദ്ധതി ഉള്ളവർ തന്നെയുള്ളത് കാരണം അള്ളാഹു പോത്താൻ അസലി അസലീയെന്ന് പറയുന്ന അങ്ങനെ അച്ഛല്ലാത്ത അപ്പത്തെ തരണ്ടത് അതിനാണ് ലസൻ എന്ന് പറയുന്നത് അദലീയത്തിലായിരുന്നു എന്ത് ലത്തീഫാണ് ഹീയാണ് ഹക്കീമാറ നാല് അള്ളാഹുദ മറ്റൊന്ന് ഹഫീന്ന് പറയാ മറ്റൊന്ന് ഹക്കീമെന്ന് പറയാ മറ്റൊന്ന് കബീർ എന്ന് പറയാം ഇതെല്ലാം അള്ളാഹു ബാക്കി സിഫാത്തില്ല എന്നല്ല പറയുന്നത് ഈ നാലുകൊണ്ട് നമ്മള് ചർച്ച എന്തെങ്കിലും അർത്ഥം ഹഫിയ ലത്തീഫാണെന്ന് പറഞ്ഞിട്ട് ആലിസം പൊടുത്തും കിട്ടാത്ത ലത്തീഫ് എന്ന അർത്ഥം പുത്തം കിട്ടാനേ ബേറാക്കിട്ടുണ്ടോ ഒരു ആരിഫ് കൊടു അന്നേരം അള്ളാ തന്നെ മാറൂഫാകും ആരിഫിന്റെയും മാറൂഫിന്റെയും മടയിലുള്ള ആ അവസ്ഥക്കാണെന്ന് പറഞ്ഞ് ആരിഫത്തെ കളിലുണ്ട് എന്ന് പറയും അപ്പൊ ഈ ആരിഫും ആരിഫിന്റെ ആരിഫത്തിനുള്ള ആരാത്തുകളും ബുദ്ധിയും ആലിഫത്ത് കിട്ടാനുള്ള വസായികളൊക്കെ ഉണ്ടാകുമ്പേലേ ആരിഫായിത്തീരുന്നുള്ളൂ അതൊന്നും ഇല്ലാണ്ട് തോക്കും അതിന് ഉണ്ട് ഇതൊന്നും ഇല്ലാന്നും വെച്ചാൽ തന്നെ എന്താണ് ഹഫീ ആർക്കും വൃത്തം കിട്ടാത്ത ഹഫീയായി രണ്ടാമത്തെ പറഞ്ഞ എന്നാണ് റഫു ഒരേപ്പം തന്നെ ആരിക്കും അറിയപ്പെടാത്ത ഹഫീയാണ് അതന്നെ കായിമം വില്ലാത്തി അവന്റെ താത്തുകൊണ്ട് നിലനിൽക്കുന്ന മറ്റൊന്നിലേക്കും ഹെത്തിയാദില്ലാതെ നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്റെ മുത്ത മഹാനി അസ്മാന്റെ അസ്മാഗതൊക്കെ പറഞ്ഞ അസ്മാഗ് അസ്മാന്റെ മഹാനി എന്താ റഹ്മാനിലെന്താ ഉള്ളത് ഹമ്മത്താണെന്റെ മായന അല്ലേ കദീർ പറഞ്ഞ പുതിറത്താണ് എന്റെ മായന സിഫത്ത് അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാന്റെ മായ കൊണ്ട് അത് തന്നെയാണ് സിഫാത്തെന്ന് പറഞ്ഞാൽ അർത്ഥ തന്നെ സിഫാത്ത് കൊണ്ട് മുത്തസിഫാ ഇങ്ങനെയാണ് അള്ളാലെ ഹാരിപ്പുള്ളത് ഉദ്ദേശിക്കുന്നു അവന്റെ നാത്തു കൊണ്ടാകണം മറ്റുള്ള അറിയുമ്പോൾ ഇങ്ങനെ വെച്ചോണ്ടെന്നെ കുറച്ച് ആയി അറിയുന്നത് കുറച്ച് ആടു മാത്രമല്ല വാങ്ങൊന്ന് വെളിപ്പെടാൻ ഇന്ന താങ്ങണക്കെ പഠിച്ചാലല്ല ആർ വെളിപ്പെടുകയുള്ളൂ എന്നും അവന്റെ ഒരു അതിന്റെ ഇനി ബന്ധം അങ്ങോട്ട് ഉദാഹരണ രീതിയിലാവണ്ടുപോകുന്നു ഒരു നൂറായിരുന്നു അപ്പൊ ആ ലത്തീഫായ നൂറിപ്പന്താണ്ട് ലാഫത്ത് ഉണ്ട് നൂറുമുണ്ട് രണ്ടു നൂറിഹിൽ ലത്തീഫ് എന്ന് പറയുമ്പോ നൂറാനിയത് ഉണ്ട് ലത്താഫത്ത് ഉണ്ട് പറയുന്നത് ഇതല്ലേ അങ്ങനെ അത് കഥാപത്ത് ഉടയതായി എന്നാ പറഞ്ഞത് ലത്താഫത്ത് മാറി കഥാപത്ത് ഉടയതായി അതുകൊണ്ട് ഇത് കുതിരത്തി അത് അമ്മാന്റെ കുതിരത്താന്ന് എനിക്ക് കൂടുന്നു അതെന്തിനാ കത്ത് ഉടയതായി അത് മുഖേന ഒരുക്കി തയ്യാറാക്കാൻ താഴെ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തണമെങ്കിൽ ഒരു വാസത്തിയായി വെച്ചിട്ട് ഒരു ധനീയരാജ് മുമ്പിൽ നിൽക്കണമെങ്കിൽ അത് ഇങ്ങനാക്കിയതേ വെറ്റുള്ളൂ എന്നുള്ളതുണ്ട് അപ്പൊ ഇത് മുഖേനെ അള്ളാഹുവിന്മേലേക്ക് ധാരാളത്ത് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഈ സഹയ്യ ആക്കാൻ വേണ്ടി കത്താഫത്ത് ഉടേതായി അവരുടെ പുതുറത്തിന്റെ ഒരു പോക്കാണ് അപ്പൊ അതൊക്കെ ഒന്നേ തൈമ്നം പിന്നത് പല നവറുകളായിരുന്നു ഈ നവഹായി അനാഥി അസ്മാണ്ട് പല നവായിട്ട് മാറിയത് ചില നാറുകൾ അള്ളാഹുവിന്റെ റഹ്മത്ത് വെളിപ്പെടുന്ന സ്ഥലമായിരിക്കും ചിലത് അള്ളാഹുവിന്റെ കഹര്യത്തെ വെളിപ്പെടുന്ന സ്ഥലമായിരിക്കും ചിലതൊക്കെ അള്ളാഹുന്റെ അതിന് ഒളിപ്പെടുന്ന സ്ഥലമായിരിക്കും ഓരോ നിന്ന് ഓരോ തരം മറാം അപ്പൊ അസ്മാതിന്റെ എണ്ണം എത്രയുണ്ട് അത്ര കണ്ട് പല രഹകളായിട്ട് തനം അതിൽ നിന്നെ ആ കമലത്ത് മിന്നൂറ് പറഞ്ഞത് പല രഹകളായി അങ്ങനെ പലമീൽക്കൽ കമലൂരി അപ്പൊ ഒരുപാട് തലം പറഞ്ഞത് ആ നൂറാ നൂറ് കൊണ്ടുണ്ടാക്കപ്പെട്ട ആ കമലത്ത് നാഹിറായി നാഹിറായപ്പോൾ അത് നാഹിറായി അത് നാഹിറാണെന്ന അവസരത്തിൽ അള്ളാഹുബന്ധന ഉണ്ടാകും ഇത് ലാഹിറാകുമ്പോൾ ഇവിടെ പുത്തൂനുണ്ടാകും ഇത് ലാഹിറാവുന്ന ഇത് ബാത്തിനായി പോയി ഇപ്പൊ ഒരു ദലീലും വെച്ച് മതിലൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ ദരീല് ഞമ്മുടെ മുമ്പിൽ ഗവേഷണം നടത്തുമ്പോൾ ദലീലാണ് അബ്ബരും ലാഹിറും രണ്ടാമതായിട്ടെന്താക്കും ബാത്തിനും ആക്കറും ഒക്കെ കിട്ടല ഇതങ്ങ് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഈഞ്ഞോളെ ചെറുത വന്നു കഴിഞ്ഞാൽ ഇതെന്തായി ലാഹിറും അബ്ബരുമായി മാറുമ്പോൾ ഇത് എന്താക്കും ആക്കിറും ബാത്തിനുമായിട്ട് മാറുക നേരത്തെ അറിയിച്ചുണ്ടാക്കുക ഈ നോട്ടം പതിനനുസരിച്ചല്ലേ ശരിക്കു പറഞ്ഞാൽ ഇത് സൂനികൾ മാത്രോത്ത് സൂൻ എന്ന് പറയുന്നില്ലേ ഇപ്പൊ ഈ സാധനം സാധനം കിട്ടു ഈ ഇതിന് നൊഹോറുണ്ടോ കപ്പാണ്ടോ എന്ന് ചോദിച്ചെന്താ പറഞ്ഞോളി പറയാ ആപേക്ഷിക്കാം ഈ ഞാൻ ഒളിപ്പിച്ചിങ്ങനെ വെച്ചു ഇപ്പൊ എന്തതിപ്പോൾ ഉള്ളത് കപ്പാവ് എവിടെ ഇല്ല കപ്പാവുന്ന മറഞ്ഞ് കിടക്കലെന്ന കപ്പായതിനവിടെ ഇപ്പൊ ഈ കപ്പാകെന്താ പറയുന്നത് ഇപ്പൊ എന്താ ഉള്ള നുഹൂർ ഇന്നത്തെ കപ്പാള പോയി ലുഹൂർ അങ്ങനെ വന്നു നുഹൂർ എവിടെന്നു പറഞ്ഞു അപ്പൊ നുഹൂർ കപ്പാൾ എന്ന് പറയുന്നത് ഈ നോക്കുന്ന ആളെപ്പോലെ ചിലത് ആഘേക്ഷികമായൊരു സംഗതി മാത്രമാണ് അതുകൊണ്ടാണ് അന്നാൽ വല്ലാത്ത പമ്പാർ വൽബാത്ത് എന്ന് പറഞ്ഞത് ചിലർ സിഫാത്തിൽ എണ്ണീട്ടില്ല നുഹൂർ എന്നുള്ള സിഫാത്ത് നുഹൂറിന്റെ സിഫാത്തിൽ എണ്ണീറ്റില്ലല്ലോ സുഖം എണ്ണീ അദ്ദേഹം കുതിരത്ത് ഈ രാജ്യത്തിൽ പറയുമല്ലോ സിഫാത്തിന്റെ മാനവീയ മഹാനിയ സിഫാത്തിൽ അണ്ണി അത് നിങ്ങളെ ആവേശികമായി നോക്കിയാലും ഇല്ലെങ്കിലും ഇൽമുണ്ടെന്നുള്ളത് നോക്കുന്ന ആകെ സംബന്ധിച്ച നൊഹൂർ മുഹൂർ എന്നുള്ളത് ഇവന്റെ നോട്ടത്തിലേക്ക് ചേർത്തിട്ടാണ് അപ്പോൾ ഇത് നാഹിറാകുമ്പോൾ എന്തല്ല ഈ തജല്ല അള്ളാഹുസ് അതിന്റെ ഫീഹ എതിരെ ആ കബളത്തിൽ വിസ്മിഹിൽ എന്ന ഇടക്കുന്നു ബാത്തിനായിട്ട് ആ തജില്ലയിരിക്കുന്നു ഇതിന് ലുഹൂർ വരുമ്പോൾ അമ്മാഹത്താലാക്ക് ബുത്തോൻ എന്ന തജില്ല ഉണ്ടാകുന്നു അപ്പൊ ഈ കമലത്തിന്റെ ലൊഹൂറിലായിട്ട് അമ്മാഹത്താലി ബാത്തിനായിട്ട് മാറുന്നു പീ മമാരിഹ ഇത് ആ കമലത്തിന്റെ ലോലി എന്തായി നിറയോ അതിന്റെ ലുഹോറിൽ ബാത്തിനായി കിടക്കുന്നു ആ കമല സീ മമാഹിരിലായിട്ട് കാമന കാമനത്തെ മൂടി കിടക്കുകയാണ് അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഫോൽ പഴക്കപ്പെട്ട അഷിയ മുഴുവൻ എന്താ മതോ മതഹറാകുന്നു വന്നു ഇതിനുള്ള കേസ് പറഞ്ഞു വസ്ത്രണ്ടക്കിയത് അതെന്തിനെ മൂടി വെക്കുന്നതാണ് അതിന് പൊതുവെ ന്യായം പറയും ലാ ലാതെ സുന്ദരികളായ പെണ്ണങ്ങന്മാർക്ക് ഒരു പൊറുത്ത കൂടാണ്ട് കഴിയൂല പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാറല്ലോ നോക്കി തെളിയില്ലോ ഭരണ പകിട്ടാറുള്ള സാധനം മറ്റുള്ള ആളെല്ലാം കണ്ണാകർഷിക്കാതിരിക്കാനും അനാവശ്യമായ ആളുകൾ പൊളിക്കാതിരിക്കാനും നല്ല ഒരു കളിവതിരിപ്പിക്കുന്ന ടെൻഡേറ്റി ജോലി എന്നല്ലേ കളി ടിക്കറ്റ് എടുത്താൽ കഴിയാൻ മതി കട്ടിട്ടും കാണണ്ട ലാരി ഒരു മറച്ചു വക്കരി അത് മനുഷ്യർ സിമി സഹാബ് എന്ന് പറയുന്ന സൂര്യനെ ഓടാൻ അതിന് മേഘ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഖം മൂടിയാണുണ്ട് അതിനാൽ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അത് നെയ്തുണ്ടാക്കി എന്തിനെ അതിന്റെ പുതുറത്ത് മുഖേന ഉദാഹരണിരിക്കുന്നു നിന്നോട് പുറത്ത് നോക്കിയാൽ കാണുന്നില്ലല്ലോ ചുരുക്കത്തിൽ ചില ആൾ കണ്ണിലെ തൊട്ട് മറക്കുന്ന രീതിയിൽ അത് സ്വയം ഏറ്റവും ഉടൻ മുടിക്കളും ഏഹ് അർഹതയില്ലാത്ത ആളുകൾ നോക്കിയാൽ ഈ മുഖം മൊടിയായി കാണണ്ടു ഇത അത് ഉടുപ്പണിഞ്ഞിരിക്കുകയാണ് അതെന്തായി പുതുറത്തും ഹിക്കുമത്ത് കൊണ്ടാണ് ഇടമൂടിയത് അതാണ് ഹക്കീമൻ മുമ്പ് ഒക്കെ വന്നില്ലേ ഹിക്കുമത്ത് കൊണ്ട് ഒരു ഇസാറുണ്ടാക്കി എന്നിട്ട് പറയുകയാണ് എന്റെ ഇസാറാണ് എന്റെ ഇസാറ് അമത്തും കിബിരി വന്നാൽ കസം തൊട്ടുകൾക്ക് അങ്ങനെ കടക്കുകൂടെ മുഖമോടി ഒരു പറഞ്ഞത് അതിന്റെ നസുജിലും റസിൽ ഉള്ള വ്യത്യാസം കടക്കിയിട്ടുള്ളത് എൺപക്ക് എൺപത് ഉണ്ടാക്കിയുണ്ട് ഏ അറുപക്ക് അറുപത് ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് പ്ലാസ്റ്റിങ്ങിന് ഉള്ളിന്ന് പച്ചക്കാണെന്ന് പൊളിച്ചാൻ ഉള്ളിലുള്ളതാണെന്ന് ഇങ്ങനെ അതിന്റെ കട്ടിയിലും അതിന്റെ നൂലിന്റെ കട്ടിയിലാക്കി വിൽക്കാത്തണ്ടാവും വൃന്ദംകോട്ട് ഇഷാതങ്ങൾ സംസാരം അതിന്റെ മെസ്സെന്നെ നെയ്യൽ റദ്ദില് നിന്ന് തന്നെ നൂലിന്റെ കട്ടി അതിന്റെ നെയ്യ് അതിന്റെ കട്ടിയിലും മെസ്സില് നൂല് കൊണ്ടപ്പോ നെയ്യൽ ആണ് നെസജ് ഭഞ്ഞു കൊണ്ടപ്പോ നൂലാക്കി എടുക്കലെന്താ പറയും റദ്ദില് എന്നും പറയും അതിലെന്തണ്ട് പമിന് ഞാൻ മാറക്ക പകുതി നേരെ മകരുണ്ട് നൂറുക്കു നൂറ് നൂല് അതാവും നൂല് എന്റെ ആവില്ല ഒരു നൂലിക്ക് മനസ്സിലോക്കിയാല് നൂറുക്കു നൂറാവും അത്തുപ്പ് അപ്പ മെസ്ജ് എന്താ അത് വേറുമ്പോഴും ആ നൂലോട് നീന്താ ലത്തീഫാകല്ലും ഉള്ളിലുള്ള പുറത്ത് വന്നെന്താകും സീനൂറോ അപ്പൊ നൂറ് അതിലെന്താ കഥ പമ്മിനോഹോ ആയിട്ട് പെട്ടെന്ന് വെളിപ്പെടുന്ന ആദ്യം തോന്നും ൂടി കാണും ചാക്കിന്റെ കട്ടി ഇട്ടിട്ട് നോക്കിയിട്ടൊന്ന് മണ്ണുള്ള ചാക്കോ അല്ലെങ്കിൽ പണികളും വിരിക്കുന്ന കട്ടി മുസല്ലപ്പൊറം ഇട്ടിട്ടിട്ടോക്കിട്ടെ കട്ടി കൂടി പുറത്തേക്കാണില്ല മമിന്ധ അതുപോലെ തന്നെ മറ്റു മാ കളന്നുഹോ നൂല് കട്ടി കൂടി നൂല് കട്ടി ഓടിപ്പൊ കൂഹോ അതുകൊണ്ട് നെയ് ഉണ്ടാക്കിയ തുണിക്കുന്നുണ്ടാകും അതിന് കട്ടിട്ടുണ്ട് ചാർക്കുമല്ലായി അങ്ങനെ വരുമ്പോ സാപ്പി നൂറും നൂറും അഞ്ചു പേർക്കും പുറത്തു പുറത്തു തരൂല എന്തുകൊണ്ടല്ല ആചരിയ കിളതി അതിനെ മൂടിയിട്ട് സത്തരന്റെ കട്ടി കൂടിപ്പോയില്ലേ അല്ലേ ഇങ്ങനെ രണ്ടു അതിയായി അപ്പൊ ഒന്ന് ഹിജാബിന്റെ ഹരികാറായി ഒന്ന് നേരിയ ഗോതിലുണ്ടാകും ശരി സുഹോദ് കിട്ടുന്ന അഹനുകാരായിരുന്നു പന്നു വന്നത് അല്ല ഇതിനെ വിളിച്ച സൂചന പോണ പോക്ക് കേട്ടാ എനി സുമ്മാ ഇന്നല്ല നീറുലുഹു ആ നേര് നൂലും വളർത്തുമ്പെസുഹു നെയ്ത്ത് വളരെ നേർമയായ ഒന്നാം നമ്പർ ഉണ്ടല്ലോ അതിൽ പല തരങ്ങളുണ്ടെന്നാണ് എന്തെല്ലാം വേദം മീൻഡു അതിൽ പെട്ടുള്ള എന്ത് മാസ നൂറും മാസം തനിച്ച നൂറുള്ളത് എന്ത് അപ്പൊന്നില്ല നൂലുമത്തിന്റെ ഇല്ല അതാരാ ബഹുമുൽ മലായിക്ക് അതാണ് മലായി കിത്ത് എന്ന് പറഞ്ഞത് അമ്പ ആക്കളർവാഹി മലായിക്കിത്തൊക്കെ പറഞ്ഞിട്ടില്ല നൂറല്ലാത്ത ഒരുമത്ത് തീരയില്ല മറ്റെല്ലുമുണ്ട് മാഹുബോ നൂറും നൊൽമത്തും കൂടെ കൂടിക്കലർന്നിട്ടുണ്ട് നൂറും നുൽമത്തോണ്ട് നൂറും നൊൽമത്തുണ്ടാകുമ്പോ എന്താ ഒന്നിക്ക് നൂറ് കാലിം ബാഗ അല്ലെ നൊൽമത്ത് കാലിഭാഗ അല്ലെ സമാതമാക രണ്ടല്ലേ മൂന്നിന് രണ്ടുണ്ട് അപ്പാ മാ നൂറും ദുൽമത്തുണ്ടായിട്ട് കലബാലും നൂറ് കാലി പായിച്ചുണ്ട് രണ്ടും ഉണ്ട് പക്ഷെ നൂറ് കാലിപ്പാടും അത് ഏതാ പോകും അതാ മനുഷ്യന്മാർന്ന് പറഞ്ഞ സാധനം മനുഷ്യന്മാർ നൂറുമുണ്ട് ദുൽമാത്തുമുണ്ട് നൂറും ദുൽമാത്തായാലും ഏതാ കലപത്ത് നൂറെണ്ണ കലപത്തുണ്ട് ആ കലബത്തുള്ള നൂറെണ്ണുണ്ടാക്കാനീ ശരീരത്തോണ്ടും ദനീക്കത്തോണ്ടും രസീയത്താക്കി ആക്കിയാക്കിയാക്കി ആ ദുലിമാറ്റിനെ അവശേഷിക്കുന്ന ഭാഗം കമ്മൾ ചങ്കളം ഞാൻ നൂറും നൂറും നല്ല നൂറാക്കി മാറി ൂറ് ശരീരത്തിന്റെയും തെരീക്കത്തിന്റെയും വിചാരത്തിന്റെയും നൂറ് വന്നു അല്ലൂറ് ആദൻ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രകൃതി തന്നെ നൂറ് കൊടുത്തിട്ടുണ്ട് ആ നൂറിന്റെ മേലെ അസില നൂറിന്റെ മേലെ പറയാനൂറും വന്നു വ മീൻ യു ഒരു മൂന്നാമത്തൊന്നുണ്ട് മാഹുമാ നൂറും നൊൽമത്തു തന്നെയുണ്ട് പക്ഷെ തരപാതിയും നുഹൂറും നൊൽമത്തിൽ നൊൽമത്തു നായുറാവനാണ് കൂടുതലും അതേതാ വയ്യ ജമാ ജമാ യുക്കളും അയമാനാത്തിന് ബുദ്ധിയില്ലാത്ത ജീവികളൊക്കെ നൊരുമാല രണ്ടിരിഞ്ഞല്ലോ ഇനി ഈ നൂറ് കൊണ്ടുള്ളത് ഏതാ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കിയാകുന്ന ഒരു അതാ നേരത്തെ വിളിച്ചു വന്നത് സൂര്യൻ എന്നുള്ളത് നോറ് കൊണ്ടൊരു മാത്തോ നമ്മളെ ഈ വിഷയത്തിൽ ഏതേക്ക് ചേർത്തിട്ട് മുക്കമ്പിനാകളെ നൂറിലേക്ക് ചേർത്തിട്ട് അതിൽ അത്താ പത്തിലേക്ക് നൂറാം തീയതി ചേർത്താ ഇത് ദുൽമത്ത് തന്നെയാണ് ഹിസ്റ്റം നോക്കിയാൽ എന്താ താധനം നൂറാണു അപ്പൊ ഇവിടെ നൂറുകൊണ്ട് ഉദ്ദേശം ഏതല്ല ഹിസ്സി അല്ല അൽ മാന ഉള്ളിൽ മറിഞ്ഞിടക്കുന്ന ആ മാനക്കാർ എന്ത് പറയുന്നു പറയുന്നു ഒരു ആമ്പരാത്വം കൊണ്ട് ഉദ്ദേശം അൽ ഹിസ് പ്രവാഹി പ്രകടമാകുന്ന താപനത്തിൽ എന്തുപറയും ഹിസ് എന്ന് പറയും അൽ ദുൽമുത്ത് അപ്പൊ പൽ കൗലും ഏതു കൗലും പുല്ലുഹോ ബാത്തിലുഹോ നൂറുണ്ട് ഏത് എടുക്കാർ എന്തുണ്ട് ബാത്തിൽ നൂറുണ്ട് എന്ന് പറയുന്ന കാര്യത്തി തീർച്ചയായും മലക്കത്തിന്റെ എടുക്ക നൂറും മഹുന്നു മനുഷ്യന്മാരെടുക്ക നൂറുണ്ട് ദുൽമാത്തോണ്ട് ബാത്തിൽ നൂറ് കാലിബാൻ ജമാദാത്തും മാലായിക്കാരും എടുക്ക് ഏത് കണ്ടുമാരും എടുത്തു നോക്ക് നൂറുകൊണ്ട് ദുൽമാസുണ്ട് പക്ഷെ എന്തുണ്ട് ദുൽമാത്തു കാലിബാന്ന് മാത്രം കുറച്ചേ ഉള്ളൂ കുറവേ ഉള്ളൂ ബാത്തിന് കമ്മിറ്റിൻ ലാഹിറാഹിറായ ഭാഗത്തിൽ കൂടി നോക്കിയാൽ ആ ബാത്തിനുഹോ പുതുറത്തുൻ ഉള്ളിലുള്ള ബാത്തിൻ എന്ത് പേര് പുതുറത്തെന്ന് പറയും പണ്ട് പണ്ടേ പറഞ്ഞു തരുന്ന ആരങ്ങൾ ഹിക്കിമത്ത് ആരങ്ങൾ കുതിരത്ത് ഹിക്കിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഈ പറക്കപ്പെട്ട സാധനങ്ങൾ പരസ്പരം ഘടിപ്പിച്ചു വെക്കാൻ വേണ്ടിട്ട് അന്തവാറച്ച സാധനം ചിഹ്നിച്ചതി കിടക്കരുത് ഈ സാധനങ്ങൾ പരസ്പരം എന്താക്കണം എല്ലാം ഘടിപ്പിച്ചു കിടക്കണം അവർ കത്തരത്തിൽ നിന്ന് വാരത്തിലേക്ക് ഓക്കി കിടക്കണം അക്കര സ്ഥലം ഇക്കര ഒരു സ്ഥലം പാലം കൊണ്ട് വധിക്കുന്നില്ലേപ്പാ അപ്പം കിടക്കുന്ന സാധനം എന്താക്കണം ജമാക്കണം ലശ്വറായി കിടക്കുന്ന സാധനം ലഫ്വാക്കണം കത്തറത്തായി കിടക്കുന്ന സാധനം എന്തുവാണം വകത്താക്കണം ഇതിന്റെ വേണ്ടി മുന്തശ്ശലായി കിടക്കുന്ന സാധനങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിട്ട് എന്താ ഹിക് തൊട്ടി അതല്ല ഈ സമാധാനീയതുകൊണ്ട് മനുഷ്യനെന്താക്കിയാണ് ഈ ലോകത്തെ മുഴുവനും പടപ്പുകളും തമ്മിലെല്ലാം കൂട്ടി നടക്കുകയാണ് എഴുതിയാതല്ല എവിടെയോ കിടക്കുന്ന ഉപ്പ് ഞമ്മളെ പേരിലേക്ക് എത്തിക്കണം ആരോ അന്തോ അഞ്ചിൽ ഉണ്ടാക്കി എവിടെയോ രണ്ട് ഇടക്കുണ്ടരണം ഏതോ ഒരു പേർക്കുന്ന ചുറ്റപ്പോ അപ്പുറം ഞമ്മളെ പേരും അടുക്കളിലേക്ക് എത്തണം ഗഹട്ടിയാജ് കൊണ്ട് മനുഷ്യനന്താ കണ്ട് തിരക്കണ്ടിരുന്നു ആർക്ക് ആരെയും ആ ഞാൻ ഒന്നിലേക്ക് ഹറ്റിയാജില്ലാന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്നാൽ ഇവിടെ ഒന്നും നടക്കില്ലല്ലോ അവർ ശരി നടക്കില്ലല്ലോ എവിടെയുള്ള ആരെയുള്ള പശുവിന്റെ പാൽ ഏതോ പുറങ്ങുന്ന കറന്നെടുത്ത് നമുക്ക് ആ പശുവിന് പാലെത്തണെങ്കിൽ ഏതോ കണപ്പിനുള്ള പിതാവും എവിടെ നിന്ന് ഉണ്ടാക്കിയ പൊണ്ണാക്കും ഏതോ കൊപ്പരാക്കിയ ഏതൊക്കെ കൂട്ടി കണക്ഷൻ ആക്കുന്ന ആക്കലോ ന്മാക്കുന്ന ആക്കലി അപ്പൊ ലാലിയുടെ മഹിരാജ് ഇങ്ങനെ ഇവിടെ നോക്കിയാൽ മുൻ ദുശ്രൈ കിടക്കിയത് പവറത്തുണ്ട് ഉള്ളിലേക്ക് വന്നാലോ വഹദത്ത അസ്മാൽ ഇവിടെ റഹമത്താണ് ഇവിടെ കുതുറത്താണ് ഇവിടെ ഹിക്മത്താണ് ഇവിടെ അതിലാണ് ഇവിടെ റഹുപ്പത്താണ് ഇങ്ങനെ പലതും കണ്ടാൽ എല്ലാം ഏതൊറ്റ ഒരു കാത്തിൽ നിൽക്കുന്ന സിഫാർത്തുകളുടെ മധുഹകൾ മാത്രം അപ്പൊ മമാഹിതകളെ കൊണ്ട് കസറത്ത് ഉണ്ടെങ്കിലും ലാലിയുള്ളിലേക്ക് നോക്കിയാൽ ഒരറ്റ കാത്തിലേക്ക് തുടങ്ങുന്ന സിഫാർത്തുകൾ ആസാറാഹ്തകളാണ് ഈ മുന്തശ്വരായി കളക്കുന്ന ഈ സാധനങ്ങൾ പരസ്പരം കൂട്ടിച്ചേർക്കണം ഇത് ഇതിനോട് ഇത് ഇതിനോട് പന്തിപ്പിക്കുക ഇത് ഇതിന്റെ സംഭവമാക്കുക ഇത് ഇതിന്റെ അനാട്ടത്തുണ്ടാക്കി ഇങ്ങനെ കാണപ്പെടും എന്ന് പറഞ്ഞ സാധനം എവിടെയോ വളർത്തുന്ന ചോറ് എവിടെയോ വളർത്തുന്നവരുടെ വയല് അങ്ങ് പാലക്കാട് ഉണ്ടാക്കുന്ന പത്ത് സെന്റ് ഭൂമിയിൽ നെല്ല് നമ്മളെ വരഞ്ഞേക്ക് എത്തിക്കാൻ അന്നയിക്കുമ്പോണ്ടായിരുന്നു ഇവിടെ വിശപ്പുണ്ടാക്കി ആ വിഷമോ എന്താ വേണ്ടി അരി ആണോ ഈ അരി എന്നുണ്ടാകാനാണെന്ന് അത് പരസ്പര സാധനങ്ങളെല്ലാം കൂട്ടിയാണെങ്കിൽ എന്താ ഒരൊറ്റ കുറവിലേക്ക് വഹദത്താകുന്ന കാര്യൊന്ന് മെരിഞ്ഞുകെത്തിണ്ടാക്കി നിൽക്കും ഈ ഉള്ളി പ്രവർത്തികൾ സാധനം കൊടുവെങ്കിൽ ആധാരങ്ങളാണ് സാധനം ബാത്തിന് പുതിർത്ത ബാത്തിന്റെ ഭൂ കുതിളത്തു وا باطنوا لا باطن هو قدر قدره والله <سؤال> علي روحي كمتني اني باطن العالم <سؤال> <سؤال> هذا طافتنا ما غير نو كطافته و ويديني صار صالب <سؤال> العين <سؤال> اذا صالب العين شابتك وملك الكون في تم سالا الا كتل جت وان تعالى الماء الذي هو نابعون وملك الكون لو دعنانا നമുക്ക് ഉദാഹരണം പറയുമ്പോൾ ഐസും കട്ടണ പോലെ അല്ലാടെയും വാൻ തീ ലോ നാബിയോ ഉറവായിട്ട് വന്ന വെള്ളം ഈ ഉറവായിട്ട് വന്ന വെള്ളം താക്കി അതിനെ പ്രത്യേകം കസാപത്ത് കൊടുത്തിട്ട് നേരിട്ട് ഒരിക്കുന്ന സാധനം ദ്രാവക രീതിയിലുള്ള സാധനം കട്ടിയാക്കിട്ട് വെള്ളമാക്കി മറച്ചു ഐസും കട്ടിയാക്കിയിട്ട് ചകരത്തിലാക്കിയിട്ട് വെക്കിട്ടിട്ടാണ് ചാപ്പി കെട്ടിട്ടുണ്ടോ അപ്പൊ ആ ദർജ്യത്തിലേക്ക് നോക്കിയാൽ അസിലേതാന്ന് ഈ മാഹുലി ഞാൻ വീഴു എന്ന് പറഞ്ഞ അവനി സുമ ഇനി പറയാ ഇന്നല സുബഹാനഭൂമത്താല ഈ അള്ളാഹ് സുബഹാനഭൂമത്താല മനുഷ്യന്മാർ എങ്ങനെയാ പഠിച്ചത് നൂറും നുൽമാത്ത കൂട്ടിയിട്ട് പഠിച്ചിട്ട് നുൽമാത്തിനേക്കാൾ നൂറ് വാരിവ പ്രത്യേകമാക്കി മധുഹാതെ മനുഷ്യനാകുന്ന ഈ മധുഹനെ ഇല്ലാപ്പ് വയാലി പലസൂസിയാത്ത് കൊണ്ടും അത് മനുഷ്യനല്ലാത്ത മനുഷ്യനെ കൊണ്ട് ചേർക്കപ്പെട്ട ലത്തീഫത്തോഹൻ അല്ലോ ഈ റോഹിനിയാക്കിഫിൻ അപ്പൊ നോക്കിയ കഥാത്ത മണ്ണ് നിർമ്മിച്ച ഒട്ടും വിലയില്ലാത്ത ഒരു കൂടാരം കുരാളത്തിനുള്ളിൽ ഏറ്റവും വില കുടിച്ച വളരെ ലത്തീഫായ വളരെ ന്യൂറാലിയത്തായ ഒരു മോഹനെ ഇട്ടു കൊടുത്തിരിക്കുന്നു ഒരു പ്രത്യേകത അതെന്തിനാ ലിയാലകോ ഈ മോഹന് കഴിയണം മിന്ഹു ഈ കാലത്തിൽ കൂടെ പായത്തെ കഴിയണം മോഹന പ്രവർത്തിക്കണ്ടോഹന് പോയാൽ ശരിയെന്ന് ഒന്നുമില്ല മോഹിനെ പ്രവർത്തിക്കാൻ പോയ സൗകര്യം കയ്യും കാല ഇതെല്ലാം ഇങ്ങനെ കയ്യും മടത്തുരാകരുത് ഉടൻ അടക്ക് വിടന് മടക്ക് ഇതെല്ലാം എന്തെല്ലാം ആക്കി കൊടുത്ത് ഈ ഉള്ള ആക്ക് പ്രവർത്തിക്കാൻ വേണ്ടി രണ്ട് പിന്നെ ഇനി പൊറത്തെ ശരീരം എടുക്ക ഈ ശരീരമാകുന്ന കാലവിലാക്കിയിട്ട് ഈ അശ്വതി തത്തവീം ഏറ്റവും നല്ല തത്തവീമിലാക്കി അതിന്റെ എല്ലിന്റെ ചെവലി ഉള്ള കൈനോക്കെട്ടെ ഒരു ചട്ടമറ്റടുത്താണെങ്കിൽ എങ്ങനെ തിന്ന് എങ്ങനെ പുതിക്ക എങ്ങനെയെഴുതുമെന്ന് പറഞ്ഞിട്ടൊന്നും ഈ മറക്കുന്നതിൽപ്പെട്ട ഒന്നിനെ കൃത്യമായി വറങ്ങുന്നില്ല ആ പൊടി ശരി മുറുകുന്നില്ലെങ്കിൽ ഹാർഫ് ചെയ്യുന്നുണ്ടോ കഴിയുമോ ഹസന തക്കവീമില്ല മടുപ്പിച്ചെടുക്കിട്ട് ഇപ്പം എന്തെല്ലാം ഈയൊരു മടക്കം കണ്ട് മടക്കി കഴിഞ്ഞാൽ കിഞ്ചിനണക്കൊരു സാധനം ദേഹം കമ്പനി പോകുന്നു ഇല്ല കൊണ്ട് വേറെ വേണ്ടിക്കുന്നില്ല എന്താ പഠിച്ചാലോ എന്ന് ആലോചിക്കട്ടൊന്ന് ഹസന തക്കവീമിനണ്ടാക്കിയോ ഈ കാലാവ വളരെ അത്ഭുതകരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഹിക്കുമത്തിന്റെ അന്യാദൃശ്യമായ പല അത്ഭുത സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു രാജാവി എത്തരത്തിൽ അലിയുമായ അള്ളാവിന്റെ കുതിരത്തിന്റെ അനുയോജ്യമായതാണ് സാധാരണ കലാകാരന്റെ കൈവിനെപ്പിച്ചിട്ടില്ല സമീ എലിയുമായ അള്ളാഹുവിന്റെ ഹസനപ്പിച്ചതാ ഹസനത്തും വിപ്പുതുറത്തിൽ അലീ രണ്ട് ലോകത്തിലുള്ള മുഴുവൻ മമാഹിരിനെയും ഹാക്കിമാണ ആരുള്ളത് മനുഷ്യനുള്ളത് ലോകത്തുള്ള കടലാവട്ടെ മനുഷ്യന്റെ അധീനത്തിൽ മതഹറാണ് ആകാശം മനുഷ്യന്റെ അധീനത്തിരി മഴ ഒരു മതഹറാന്ന് നമ്മൾ എന്ന് പറഞ്ഞ മുഖറല്ലേ മഴ ആരിക്കാം ഹാക്കിം പിന്നെല്ലാളും തള്ളൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് പുതിയ പുതിയ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നു ലോകത്ത് ചാടിയ സാധാരണ കൊണ്ടപ്പോ കണ്ടുപിടുത്തിട്ടുണ്ടാക്കി എന്ന് ഇവൻ ഹാക്കി മാറ്റി സകലത്തിന്റെയും കയ്യിലും വാടാത്തൊരു സാധനം ആയില്ല നമുക്ക് എത്താത്തൊരു മേഖലയില്ല ജിന്നുകളെ വേണം ജിന്നെ പിടിച്ചിട്ട് കുപ്പിട്ടാക്കി തരും മനുഷ്യൻ മഴക്കെത്തി ഇവർക്ക് ആദ്യമായിട്ട് മഴ ഇവൻ പറഞ്ഞവർ അന്തായി കൊടുക്കുന്നു ഇപ്പം മഴപോളം തന്നെ വേണാ പിടിച്ചവൻ തന്നെ അവസ്ഥ ലോകം കൈയെടുക്കല്ലിരിക്കൻ ഹാക്ക് ഇവൻ അയൽമൊളി ഹാ എന്നിട്ടോ മാണിക്കല്ല ആ മുഴുവൻ മലാഹിദുകളെയും ഇവനെന്താ നിൽക്കാക്കി മുഴുവൻ അന്യ തൊട്ട് ഖലീഫിയായിക്കൊള്ളു അന്നാലെ കൂടാണ്ടല്ല ഈ മലാഹിദികളെ കൂട്ടത്തിന് ഭൂമിയിൽ ഖലീഫയാണ് മനുഷ്യൻ എന്നിട്ടോ ഇതെല്ലാം ആക്കി വെച്ചിട്ട് സോമ ഫൂന്നാലാമത്തെ സോമ ഫോമിയും മനുഷ്യന്തെല്ലാം തുറന്ന് കൊടുത്തത് മഹാസിൽ പഹ്മുകളാകുന്ന ഖസാനകൾ മാനം ഞെട്ടി മറ്റൊരാൾക്ക് ഒന്നും അവരെ അപ്രകാരം തുറന്നു കൊടുത്തിട്ടില്ല ബിമ്മാവോ മാനോ അതുപോലെ പറയാൻ ഇപ്പോ ഒരു കാട്ടാനയുടെ പോലെ ചെല്ലം ചെയ്യുമ്പോൾ കാട്ടാനെ കുറിച്ചിട്ട് എങ്ങനെ കായ് പിടിച്ചു കൂട്ടി കൊണ്ടുപോകാന്ന് മനസ്സിലും ചിന്തിക്കുന്നു സമൃദ്ധിക്കടഞ്ഞ് ഇത്ര ശക്തനെ പൊറിച്ചിട്ട് ആറ്റിമൈക്കറിയും പഹ്മിൽ കൂടി പന്തിട്ട് എങ്ങനെ മരംഭരിപ്പിക്കാൻ കഴിയും പാമ്പിനെങ്ങനെ വാങ്ങാൻ കഴിയും പെരക്കുള്ള വന്യജീവികൾ കൊണ്ട് നമ്മുടെ പെരക്ക് വറക്കം കാണാൻ പറ്റില്ല ഉറക്കുന്നു എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കതാ ജീ വന്ന് ആ വാ നമ്മ ഹാക്കളിക്കെല്ലാം പറന്ന് നിർത്തി എനിക്കിന്ന് കേൾക്കാനും പാടില്ല കേട്ടാളോട് കേട്ട് ചോദിച്ചു പൊടിച്ചോണ്ട് നമുക്ക് മറക്കി പറയാൻ കിട്ടൂല അത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഫിന്റെയും മലുവൻറെയും പല്ലുകിട് എത്രയാണ് എനിക്ക് തുറന്നു കൊടുത്തത് എന്തെല്ലാം തരത്തിൽ പക്ഷേ പക്ഷേ കണ്ടുമുട്ടികള് പെരിയല്ലേ മൊക്കാലക്കാരെ മനുഷ്യനെ പറ്റി പറഞ്ഞാർ ഞാൻ വിഷയത്തിൽ അമ്പാബ് പറഞ്ഞില്ലേ ആദം അലഹിസ്ലാം എന്നെ അലസ്മാഅ മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട് പുല്ലഹ എന്ന് അറിയുമ്പോ പഠിപ്പിക്കാനൊന്നും ബാക്കിയില്ല തൽക്കീലാണ് ഇസ്തെഖുറാക്കിന്റെ അലിഫും കൊടുത്താൽ എല്ലാമും കൊടുത്താൽ അല്ലസ്മ എന്ന് പറഞ്ഞിട്ട് കൊല്ലഹ തൽക്കീലും കൊടുത്താൽ പിന്നെ ഒന്നും ബാക്കിയില്ല അപ്പൊ ആദം അലഹി പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചതിന്റെ ബിൽ ഫീഡ് പുനരം പോയി അപ്പൊ കമ്പ്യൂട്ടർ ആദം അലഹിസ്ലാമിന് അറിയുന്ന അതിന്റെ പുല്ലിയാത്ത അറിയാൻ നോക്കണം പുല്ലിയാത്തറിയും അല്ലെ ജുസ്യാത്ത് പുറത്തുവാത്ത മക്കളിൽ പോയി കാലക്രമേൽ പുറത്തൊരു ഉപ്പാബിലാക്കത്തുണ്ടാകും പാരമ്പര്യത് ആ അങ്ങനെ കണ്ടത് അന്ന് എന്റെ പേര് തന്നെ പഠിപ്പിച്ചിരുന്നു പക്ഷെ പഠിപ്പിച്ച് ബിൽഫീൽ അന്ന് അത് ആക്കാനുള്ള അതിനുവേണ്ടി വന്നതുമല്ല അന്ന് ആക്കേണ്ട കാലുമല്ല കാലാക്കുമ്പം വരൂ അക്കാത്ത വായിക്കില്ലല്ലോ മറ്റൊന്നും നോക്കാൻ നാട്ടാവ് സുബഹാന രൂപത്താൽ അള്ളാഹുവിന് നൽകിയത് ഏഴ് സിഫത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങത്തെ സിഫാസ് തൂഷ്മി അതിന് ശബാഹത്ത് കാണാം സിഫാത്തിൽ ടോട്ടൽ എട്ട് സിഫത്ത ടോട്ടൽ എട്ട് സിബത്ത അവിടുത്തെ ഒരു സിബത്തെന്താജൂദ് പിന്നെ അസിലല്ലാണ് പിന്നെ ഇല്ലാത്തവർക്ക് പണ്ടുകാരില്ലോ ബാക്കി എട്ട് സിബത്ത എട്ട് സിഫത്തിന് ടുക്കാം മുഴുവൻ എണ്ണത്തിന്റെ അസിലാക്കി എനിക്കുണ്ട് പോട്ട് അഡീകരാക്യ എത്രണ്ട് ഏഴ് ഏഴിൽ നിന്ന് അയാത്ത് എന്നുള്ളത് ബാക്കി സിപ്പാത്തി താൻഡുക്കില്ല ദുപ്പാതി താൻ ലുക്കില്ല അപ്പൊ ഏറ്റുവാക്യം എത്രണ്ട് ആറുണ്ട് ഈ ആറ് എണ്ണത്തിന് ഇതുണ്ട് കൊതത്ത് ഇറാകത്ത് ഇന്മ മൂന്നെ മൂന്നെണ്ണ എടുക്കെ സഹായിക്കുന്ന രണ്ട് മാധ്യമങ്ങളാണ് ഏതെല്ലാം സംസറും അപ്പൊ ഇൽമ് സി ബസവ് ഒലിനത്തിലേക്ക് പോയി മൂന്നില്ല കലാമന്ദിരുള്ളതാണ് ബയാന് ഇഫാദ ഇസ്തിഫാദ അതായത് ഞാൻ കുറെ കാര്യം അറിഞ്ഞിട്ടുണ്ട് അയാൾ നീക്കു പറഞ്ഞു തരണം നീക്കി അറിയാനുണ്ട് അറിയാനുണ്ട് ചോദിക്കണം ചോദിച്ചിട്ട് പറയാ കലാമിന്റെ ആവശ്യം എന്തെന്ന് ബജാനാണ് മിക്കവാറും ആവശ്യം ഇൽമിന്റെ വാതിലാണ് കലാമിന്റെ ആവശ്യം വായും മുട്ടിട്ട് അങ്ങനെ വേണേ ചെയ്യാം നാല് ഇൽമ് ഇൽമായിട്ട് നിന്ന് സൺ ബസർ കലാം നാല് സിഫത്ത് എന്തിനുള്ളതാണ് ഇൽമിന്റെ മേഖല വർധിപ്പിക്കാനുള്ള സിഫാത്തോന്നു ഇത് എന്ത് ബാക്കിയുണ്ട് കുതിരത്തും നിറാതത്തും പേടാം കുതിർത്ത് ഇറാതത്തുകൊണ്ട് ഇന്നത് ചെയ്യണമെന്ന് തഫീസാക്കുകയും സുതൃത്ത് കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ എം എൽ എക്ക് സൂചനയാണ് അപ്പോൾ എട്ട് സിഫാസ് പറഞ്ഞ മൊത്തത്തിലെടുത്തേക്ക് എത്തിക്കുന്ന ഇവരെ ഇരുമ്പിലേക്കും എം എൽ എക്ക് എത്തിച്ചു എന്നാണെന്ന് അതൊന്നിങ്ങനെ ചിന്തിച്ചു നോക്ക് മുരാക്കന്മാർ ക്ലാസ് എടുത്തിട്ടുവാണോ ഒന്നും തിരിയുന്നില്ല ഇതിന് തലവേറുണ്ട് എന്നോ അത് കേട്ട് ിഫ തന്നെ ഒന്ന് ബുജോത് മുതലത്ത് ഇറാദത്ത് ഇൽ ഹയാത്ത് സന്താ ബുജൂന്നെ അവിടെ പുറത്താടാ വെച്ചു ഇതെന്നില്ലെങ്കിൽ വന്ന് നടക്കൂല ഈ ബുജൂദിനെന്ത് ഹയാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള സിഫാകളൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല സഹിയാണ്ടല്ലോ രണ്ട് സിഫ താളെ മാറ്റി കിട്ടാത്ത അടിസ്ഥാനം ഹയാത്തും കുറിച്ച് ഇത് കഴിച്ചു ബാക്കി വരാം ഇൽമുണ്ട് സുണ്ട് ബസറുണ്ട് കടാമുണ്ട് ഈ നാലെണ്ണം ഇൽമിനെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള മേഖലയാണ് കുതിരത്തും ഇറാദത്തും അമലിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എന്തും ചെയ്യണം എന്നുള്ള പ്ലാനിംഗ് ആണ് ചെയ്യലാണ് കുതിരത്ത് ഇറാദത്തിൽ പ്ലാനിങ് നടക്കും അപ്പൊ ഇൽമോ ഇൽമിനെ സഹായിക്കാനുള്ള ബാറ്റ്സിബാതകൾ കൂടി സെറ്റ് കുതിരത്ത് ഇറാദത്ത് അപ്പൊ മനുഷ്യന്റെ ആകെ ലക്ഷ്യതായി ഇൽമ് അമന് ഇൽമ് അമന് ഇൽമ് ആമന് എന്നാണ് ഇന്നലെ ആമനോ എന്നുള്ളത് ഇൽമിനേക്ക് സൂചനയാണ് വാമിനി സ്വാദിയാത്ത അമനിലേക്കുള്ള സൂചനയാണ് അതുകൊണ്ട് എൺപത്തിനാല് വട്ടം ആമനോ വാമിനി സ്വാദിയാക്കി ആമനോ വാമിനി സരി വട്ടം സരിഹായിട്ട് ഇതേ മാതൃ കൂടി പറഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ ചന്തതാകണമെന്നും ദുഞ്ഞാപുരം ആഹത്തിനുമുള്ള എന്തെല്ലാം കാര്യം മുഴുവൻ ഇനവള അവ ഇതേ ലഭിക്കും ആമന എന്ന വെ അമലസ്ഥ വാദം മാത്രം മായനാർട്ടി വരുന്ന വേറെ കുറേ ഉണ്ട് അത് നൂറ് നൂറിന്റെ കളിയുണ്ട് എന്താ അറിയിച്ചപ്പോ എന്താ ഇമാനം എന്താ മാനസാരി ചിന്തിച്ചു നോക്കിയിട്ടില്ല അത് ചർച്ച ആരംഭിച്ചപ്പോ ഇങ്ങനെ നല്ല വിശാലമായിട്ട് ക്ലാസ് പഠിക്കൂടി പൊടിപോടിയായിട്ട് ക്ലാസ് ആക്കുന്നത് അന്നത്തെ സ്ത്രീജമാജമാ ഇതര പ്രസ്ഥാനങ്ങൾ ആവാറുണ്ട് നിങ്ങളിതെന്നും പണ്ടവലർക്കാണ് നടക്കാതെ വെച്ച് അറിയിച്ചത് നിങ്ങളെ പണി എനിക്കണ്ട പറയോ സ്വന്തം കളിക്കുമ്പോഴേ ഇതര പ്രസ്ഥാനം കൊടുക്കും സ്വന്തത്തിന്റെ ഇതര പ്രസ്ഥാനം കൊടുക്കും പക്ഷെ അതിൽ നിന്നല്ല സമാഹിച്ചു അത് അതരിയാത്ര എല്ലാ പക്ഷെ ഇരിക്കാത്തണ്ട് ഇത് ഈ ഫാം അള്ളാഹ് ഇൽമുണ്ട് നമുക്ക് ഇൽമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫാം അങ്ങനെ ഉണ്ട് ഫെയിലാവണെന്ന് എന്തുകൊണ്ടാണ് വിഹാറത്തിൽ അള്ളാഹുമാകാണ്ട് കഹരിയത്തിന് ചുറ്റുന്ന കാരണത്താൽ ആ കഹരിയത്തിന്റെ കഹത്തിലെന്താകും ഇവർ ലൈഫായി മാറിപ്പോകും ഈ അവിടെ വെല്ലപ്പറുണ്ടാകുമ്പോൾ ഇത് കുടിഷടക്കി കളിയില്ലെന്ന് ആ സമാധാനം ഇതുകൊണ്ട് അവിടെ പോയി ഉഴപ്പിച്ചാൽ ബഷരി ആ ഉഴപ്പാണത് ഈ കുതിർത്ത ഈ പറയപ്പെട്ട ഈ മാനിയാസിഫത്ത് എണ്ണം ഏറെ എണ്ണം അതിന്റേതായ വകുപ്പിൽ വേണ്ടതുപോലെ ചിലവാക്കിയാൽ എന്താണെന്ന് അറിയാ അതിന്റെ ദുരസംഘട്ടം മാറിയിട്ട് പവറിഞ്ഞി പുറപ്പെടും മാറ്റങ്ങൾ കൊടുക്കും അപ്പോ ഇതിന്റെ ഫനാലെല്ലാം പോലും ബക്കാൻ തെളിഞ്ഞു വരുത്താം ബക്കാൻ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ മെച്ചതിനു ശേഷം എന്താ പറഞ്ഞു വളരെ കാണുന്നില്ലേ പ്രചരികളിലേക്ക് മൊസാലിമാമിനെ ഈ കഥാപത്തിണ്ട അതിനപ്പാന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ഏത് കറാമത്താ കുതിരത്തിന്റെ മേഖലയിൽ കൂടിയെല്ലാം മനഹറായ കറാമത്താണോ അല്ല ഇൽമിന്റെ മതല്ലിയിൽ കൂടി കറാമത്താണോ കറാമത്ത് വരനിൽക്കുന്ന തജില്ലിയാരുണ്ട് ഏതിൽ കൂടി ഹനറാത്ത് ഹനറാത്തിൽ പുറപ്പെടു പറയു ഏതൊക്കെ ഉദറത്ത് കുതിരത്ത് ഇൽമ ഇറാദത്ത് ഹയാഹൂദിന്റെ ഹരി കാട് കടക്കുമ്പോൾ പ്രകടമാകലേതായിരിക്കും ഹിക്കുമത് ഹിക്കുമത്തിന്റെ പിന്നിലെന്താകും കൊതിരത്തുണ്ടാകും കുതിരത്തിനെയും ഹിക്കുമത്തിനെ നിയന്ത്രിക്കുന്ന പിന്നിലെന്താകും ഇറാനത്തന്നെയുള്ള ഹാറ്റിമാർ റസീസിന്റെ ഹാക്കിമാർ ഇറാനത്തിനെയും താങ്ങിയനാക്കുന്നവരാണ് ഇൽമാൻ അല്ലെ ഇനൊക്കെ ഷർത്തായിക്കൊണ്ട് ഹയാസുമാണ് ചിലർ ചോദിക്കുന്ന ഏതാണ് കൗനീയമായ കഥാ മരിച്ച തുടങ്ങിയ കൌനിയായ കറാമത്തുന്ന കരാമത്തിന്റെ അടിയിലെ പൊടി അധികം ഇവിടുന്ന് ഒന്നെക്കൽ ലൈക്ക്മത്തിൽ കുതിരത്തിന് പ്രകടമാകുന്നതാണ് ഒരച്ച ലഹരണ കൊണ്ട് ആയിരക്കണക്കിന് മറ്റകളക്കി കിതാബുകൾ ചെറിയ ഉള്ളിലടക്കുണ്ടാക്കി തീർക്കാന്ന് പറഞ്ഞാൽ കുതിരത്തുമ്പ് ഇടുമ്പൊട്ട് ഇടും ഇരുമിന്റെ മത കടാമത്ത് പ്രകടമാവുന്നത് അപ്പോ ഇവിടെ മെച്ചാറായ കാക്കുന്ന കൌനിയായ കടാമത്ത് കാക്കുന്ന ആടയെ കാണും തസൈഫാത്ത് ഉണ്ടാക്കിയിട്ട് ഇരുമ കൊണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂടെ കടാമത്ത കാട്ടടുത്താണ് കടാമത് ശക്തി കൂടിയത് ഒക്കപ്പ് കുറേ ഒരിക്കുമുള്ളു മനസ്സിലാക്കത്തെ കൗലരുടെ അസുഖാ പൊതുവീരാത്തോണ്ട് പുതുറത്തിരാജിന്റെ മേലെയാണ് ഇറാകത്ത് ഇറാദത്തിന്റെ മേലെയാണ് ഏതെങ്കിലും ഇല്ല നിൽക്കുന്നത് ഇറാദത്തിന്റെ മൃതഹരന്തരണ്ടാക്കുന്നു ആകർന്നു വേണ്ടിയിട്ട് വരുന്ന ഒരു വസ്തുവിനെ നോക്കുമ്പോൾ വേണ്ടിയ വണ്ണം അതിനാക്കും പറഞ്ഞില്ല അത് ഇറാദത്തിന്റെ മൃതദേഹം അത് അവർ ഇപ്പം എന്താകണം അവർ ഈയൊരു വിനായത്തിന്റെ പാപക്കോശ് ഒത്തിരി ആളാകണം എന്നാണ് എന്റെ ഇറാകത്ത് ഇറാദത്തനുസരിച്ച് പ്രതില്യ വരുമല്ലോ വേണ്ടിയിട്ട് വല്ലൊരു വസ്ത്ര അച്ഛ നോക്കാല വേണ്ടിട്ട് ഇത് നോക്കലാണ് എന്നാലും വേണ്ടി വണ്ണം വളഞ്ഞാക്കി അപ്പൊ നടക്കുന്നത് കുതിരത്തിലല്ല ഇറാദത്തിൽ നടക്കുന്നു ഇറാദത്തിന്റെ മേലെ ഹിൽമന്നെ വന്ന കിടക്കുന്നു ഇൽമ കൊണ്ട് തരീനാക്കി തഹീക്കാക്കി കുതിരത്തുകൊണ്ട് കഫീസാക്കി അല്ല ഇറാദത്ത് കൊണ്ട് തഫീസാക്കിയിട്ട് ബൊതുന എല്ലാം കൊതുകു ഈറാതത്തു കൊണ്ടാണ് ചർത്തിയാക്കിക്കൊണ്ടിരുന്ന ആലമു തസപ്പാത്ത ആ മുഴുവനും പകുതി നടക്കുന്നത് അപ്പൊ കൊതുകത്തിന്റെ മേഖലയിൽ മാത്രം പിടിച്ചു തോന്നുന്ന കളാമത്തിനകത്താണ് ഈ മേഖലയാണ് ശക്തി കൂടിയത് അപ്പൊ കളാമത്തെ അപ്പൊ ഇതെല്ലാം മേലെന്തു വന്ന് കഹരിയത്താകുന്ന സമതാനീയത്തെ നിഹാതം വന്ന കാരണത്താൽ ഇനങ്ങൾ നായിപ്പായി പക്ഷെ എന്നിട്ട് ഈ പുറത്ത് ഇന്ന് ഹയാത്ത് സെമ കലാമല്ല ഉപയോഗപ്പെടുത്തിയിട്ട് പൂർണമായ ശുക്രിൽ കോടി നിൽക്കുമ്പോ പൊന്തു ബിഹി ബസവല്ലിഹിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാറുക എന്ന് അറിയുമെന്നുണ്ടെങ്കിൽ നിറഞ്ഞോ ഇരാഹിയായ പവറില് കൂടി വെളിപ്പെടാറുണ്ട് നേരത്തെ ദുരട്ടം വിട്ട് പോയിട്ട് ഇറാനിയായ പവർ പിന്നെ വെളിപ്പെടുന്നു ബനാഗ് പോയിട്ട് പക്കാതായി മനുഷ്യ സഹജമായ ബലഹീനത ഇവിടെ പരിഹരിച്ചു പോയി ഒരു പ്രശ്നങ്ങൾ ശക്രി ഇവിടെ ചീറ്റുന്നത് പിന്നെ ഗവൺമെന്റ് നേരത്തെ റെഗുലേറ്റർ കൂടി കൺട്രോൾ ആക്കിയിട്ടാണ് ഇത്തരം ഉണ്ടാകാൻ പാടുന്നു അതാമ്മ ജലാലിയും ധാരാഹിക്കാൻ ഇറായി അന്തരം അന്നയികത്തി മിന്നു കുതിരത്തിക്ക അതുകൊണ്ട് കെട്ടിന് തുടങ്ങെ റെഗുലേറ്റർ അതിന്റെ കെട്ടിന് ജയിച്ചിട്ടെന്താക്കണം എന്നറിയാ മൊട്ടയ്ച്ചി ഫി മുഹമ്മി അല മുഖേമി അള്ളമത്തിക്കാർ റെഗുലേറ്റർ വേണ്ട നേരെ നേരിമുന്ന കണക്ഷൻ എടുക്കുന്നു ഇതൊന്നും വേണ്ട ട്രാൻസ്ഫോർമർ ഒന്നും വേണ്ട ഫസീമാറീരാ എങ്ങനെ അരാ നൊക്കന്ന വസരീഫി എന്നല്ല പറയാതി അരാട്ട് ഗീതാ പത്ത് പറ്റുക جلال الدين الرسول يكم الله ينت تعالى ما ين يأتي من ارادتك وقدرتي من اي قدرتك رحمنا اللهم عقد القاضي التبعي والعدا انظرم وصدفهما فتن جنناكم وصدفهما في الكون الا مطلعهين يا لمده لا تزامن من قبلين يضبطوا انا بشيه في المال ايه ണ്ടാകുന്നു ബഷരത്തിന്റെ തോപ്പിലേക്ക് ചേർത്തി അരിവനാരോന്ന് ഒന്ന് ആലോചിച്ചോക്കട്ടെ നൂറ്റി അറുപത് സെന്റിമീറ്റർ മുതൽ നൂറ്റമ്പത് ഇരുന്നൂറ് സെന്റിമീറ്ററിന്റെ ഇടയിലുള്ള ഏഹ് തെട്ടിലിങ്ക് തെട്ട് ലിങ്ക് ഉള്ളിലുള്ള മനുഷ്യനം ഇവന്റെ ശരീരത്തിന്റെ ഭാഗ്യ ഭാഗം ഇവന്റെ കണ്ണോണ്ട് കാണാൻ കൂടിയന്ന് പറഞ്ഞിട്ടൊന്നു നാലോബാ ഇവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗം ഇപ്പം കണ്ടിട്ടില്ല ഇരുന്നൂറ് രണ്ട് മീറ്റർ വലിപ്പത്തിലുള്ള നെടുത്ത ഒരു ഭാഗം എളുപ്പമാണ് ഈ ഭാഗം ഏകും എളുപ്പമില്ല ബുദ്ധിമുട്ടാലെ അതേ തരത്തില ആടെമ്പിൽ മറച്ചു വെക്കപ്പെട്ട സാധനം എഴുന്നേറ്റകൾ പറയുകയും ചെയ്യും ഓരോ ഏത് പവർ ഒളിപ്പെട്ടാൽ ഒരു പുറക്കിന്റെ കടികൊള്ളൂ അപ്പോഴൊക്കെ ആ വാക്കും ഇവന്റെ ബശരത്തിൽ വേക്കിടക്കി ചേർത്താൽ ആകാശം ഏത് ആകാശം ഏത് ഭൂമി മുഴുവൻ ഇവനുള്ള ബദാ മുസീമത്ത് അടങ്ങനെ ചൊറിച്ചു കഴിഞ്ഞാലും മാനക്കിടത്തോടെ നിൽക്കുകയും ചെയ്യും അവരെ ഉപത്തുപെടിപ്പിച്ചു റബത്തിനാലാത്ത രൂപയും ഇതുക്കാവു പക്കാവു റബ്ബിനെ റബ്ബുസമാവാസ്യപ്പോ റബത്തിനാലാത്ത രൂപിയല്ലെന്ന് അന്നുപരീക്ഷണത്തിന് മുമ്പ് തോറ്റ തുർക്കിന്റെ അടിവെള്ളം കഴിയാത്ത ഈ മനുഷ്യനെന്താക്കുന്ന തീരെ മുമ്പില് മറന്നലാമനെ തീരും അപ്പൊ രണ്ട് ജീവിതം നോക്കണോ നമ്മ ഈ ജീവിതം മാത്രം ഇങ്ങനെ നോക്കി അതിനോട് ഇനി തെറിഞ്ഞു കുടിച്ചല്ലേ വരട്ടെ പറ്റരുത് അതാണ് അങ്ങനെയായിരുന്നു പലം താ ബഹസുൽ കാത്തിനുള്ള മാർഗ്ഗം എന്ന് ആലോചിച്ചിരുന്നു ഏതല്ല അറ്റി പാത്ത് ഏത് അതുകൊണ്ട് മനുഷ്യന് കിട്ടിട്ടുണ്ട് ഇത് മുഖേനുൻ ഒരു ചെറിയൊരു സാമ്പിൾ വൻ ചെറിയൊരു വന്നു ബാനിയെ കൊണ്ട് ചെറുതപ്പെട്ട സമതാനീയത്തിനുണ്ടല്ലോ അവരേക്കുള്ള ചെറിയൊരു മനുഷ്യൻ അല്ലേന്നല്ലേ ഞാനാ എന്താകണത് കിട്ടാണ്ടും ഉറക്കൂല മറ്റൊരു പ്രത്യേകത മനുഷ്യനാക്കി ഈ മൗജൂദായ ലോകത്തെന്തല്ലുണ്ടോ ആദ്യം മുഴുവന് മനസ്സിലായി ലോകത്തെല്ലോ ജമാ